ീം സേതന സാഹി സീശ്വര സ്മരിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ് ഈശാവാസനിഷ് ശര ഭാഷ്യത്തിലെ സംബന്ധ ഭാഷയാണ് ഈശാവാസം സർവം എന്നു മന്ത്രങ്ങൾക്ക് വേദത്തിലെ പൂർവ്വഭാഗവുമായിട്ടുള്ള ബന്ധം എന്താണ് പൂർവഭാഗത്ത് വരുന്ന മന്ത്രങ്ങൾ കർമ്മത്തിൽ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ചൊല്ലാനുള്ളതാണ് ഇതങ്ങനെയുള്ളതല്ല മറിച്ച് പരമാത്മ സ്വരൂപത്തെ വെളപ്പെടുത്തുന്ന എന്താണ് ഈശ്വര സ്വരൂപം അതിനെ പ്രകാശിപ്പിക്കുന്നതാണ് എന്നാണ് ഇവിടെ ആചാര്യസ്വാമികൾ സമർത്ഥിച്ചത് ഭാഷത്തിൽ അതാണ് നമ്മൾ ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസം അടുത്ത പറയുന്നത് തസ്മാഭാഷ്യത്തിന്റെ അവസാന ഭാവമാണ് ആത്മനോ യാഥാത്മി പ്രകാശന ആത്മവിഷയം സ്വാഭാവികം അജ്ഞാനം നിവർത്തയന്ത ശോകമോഹാദി സംസാരധർമ്മ വിച്ഛിത്തിസാധനം ആത്മീകത് വിജ്ഞാനം ഉത്പാദയധിക അതുകൊണ്ടെന്താണ് ഏതേ മന്ത്രങ്ങൾ ഈശാവാസ്യം എന്ന് തുടങ്ങുന്ന ഈ മന്ത്രങ്ങൾ ആത്മനോ യാഥാത്മ്യപ്രകാശനേന ആത്മാവിന്റെ യാഥാത്മ്യ സത്യസ്ഥിതിന് പ്രകാശിപ്പിക്കുന്നു വെളിപ്പെടുത്തുന്നു അതാണ് ഈ മന്ത്രങ്ങളുടെ സവിശേഷത എന്തിനുവേണ്ടി ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു ആത്മവിഷയം സ്വാഭാവികം നിവർത്തയന്ത ആത്മവിഷയമായിട്ടുള്ള ആത്മാവിനെ സംബന്ധിച്ചുള്ള സ്വാഭാവികമായിട്ടുള്ള അനാദിയായിട്ടുള്ള അജ്ഞാനം നിവർത്ത എന്ത അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നു ത്മാവിനെ എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു അജ്ഞാനം അറിവില്ലായ്മ എന്തിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ തന്നെ കുറിച്ചുള്ള അറിവില്ലായ്മ അപ്പൊ തന്നെ അറിവില്ലായ്മ സ്വരൂപ ബോധമില്ലായ്മ അങ്ങനത്തെ വേറെ രീതിയിൽ സ്വരൂപ വിസ്മൃതി എന്നല്ല അപ്പൊ തന്നെ കുറിച്ചുള്ള അറിവില്ലായ്മ അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നു ഇല്ലാതാക്കുന്നു എന്താണ് ഈ മന്ത്രങ്ങൾ ഉപനിഷത്ത് മന്ത്രങ്ങളുടെ പ്രയോജനം എന്താണ് ഈ മന്ത്രങ്ങൾ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു തന്നെക്കുറിച്ച് തന്നെയുള്ള അജ്ഞാനം താൻ പരമാത്മസ്വരൂപമാണ് എന്നുള്ള ബോധമില്ലാതിരിക്കുക മറിച്ച് താൻ ഈ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവനാണ് ീ ശരീര ബന്ധമുള്ളവനാണ് എന്ന് ചിന്തിക്കുക ഇതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത് അജ്ഞാനം എന്ന് പറയുമ്പോൾ ഒരു ജ്ഞാനത്തിന്റെ അഭാവം ഇന്നായ്മ അശൂന്യത എന്നുള്ള അർത്ഥത്തിലുള്ള മറിച്ച് വിപരീതജ്ഞാനം ഉണ്ടായിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പരമാത്മാവാണെന്നറിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല മറിച്ച് താൻ മറ്റെന്തൊക്കെയാണെന്ന് അറിയില്ല അപ്പൊ ആ അറിവിനെ കൂടെ ചേർത്താണ് അജ്ഞാനം എന്ന് പറയുന്നത് അല്ലാതെ നിഷേധാത്മകമായ അർത്ഥത്തിലല്ല ജ്ഞാനശൂന്യം എന്നുള്ള അർത്ഥത്തിലല്ല അദ്വൈതികൾ അജ്ഞാനത്തെ പറയുന്നു അത് അറിവ് അതാണ് അങ്ങനെ മിഥ്യാജ്ഞാനം എന്ന് പറയുന്നത് അജ്ഞാനം എന്ന് പറഞ്ഞാൽ മിഥ്യാജ്ഞാനം എന്ന് പറയുന്നു അപ്പൊ ശരിയല്ലാത്ത അത് അതാണ് ഇവിടുത്തെ ജ്ഞാൻ താൻ ഇന്ന വ്യക്തിയാണെന്ന് കരുത് തന്നിട്ട് വരുന്ന വ്യക്തിഭാവം ആ വ്യക്തിഭാവത്തെ തുടർന്ന് വരുന്ന ഒരുപാട് കൽപ്പനകൾ താൻ ജനിക്കുന്നവനാണ് മരിക്കുന്നവനാണ് പുരുഷനാണ് സ്ത്രീയാണ് ഇങ്ങനെ ഒരുപാട് കല്പനകൾ ഈ അനുഭവങ്ങളിലെല്ലാം അജ്ഞാനം എന്ന് പറയുന്നത് ഇത് തന്നെ അജ്ഞാനമായും അജ്ഞാനകാര്യമായും ഇരിക്കുന്നു അങ്ങനെയുള്ള അജ്ഞാനത്തെ ഇവിടെ പറയുന്ന എന്താണ് അത് സ്വാഭാവികമാണ് സ്വാഭാവികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം അദ്വൈതത്തിൽ സ്വാഭാവികം എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും അനാദി എന്നുള്ള അർത്ഥത്തിലായിരുന്നു അനാദിയായി സ്ഥിതി ചെയ്യേണ്ടത് പിന്നെ തുടക്കമുണ്ട് ഇതിനെ സംബന്ധിച്ചൊരു ചോദ്യമില്ല എന്തുകൊണ്ട് എന്ന് ചോദിക്കാനൊക്കത്തില്ല കാരണം എന്തുകൊണ്ട് ഈ അജ്ഞാനം ഉണ്ടായി എന്തുകൊണ്ട് പരമാത്മാവിന് സ്വരൂപ വിസ്മൃതി സംഭവിച്ചു എന്തുകൊണ്ട് ജീവാത്മ പരമാത്മഭേദമുണ്ടായി സംസാരം എന്തുകൊണ്ടുണ്ടായി എന്തുകൊണ്ട് സംസാരം നിവർത്തിക്കുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ല അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തി എന്ന് പറഞ്ഞാൽ ആ ചോദ്യങ്ങളൊന്നും യുക്തിസഹം അല്ലാതെ ആകുന്നു എന്തുകൊണ്ട് ായത് കൊണ്ട് ഈ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നവര് ചോദ്യത്തിന് യുക്തി ഇല്ലാതവർ അനാദി എന്ന് പറയുന്ന സിദ്ധാന്തത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതിനാദിയില്ല ആദിയില്ലാത്ത ഒരു വിഷയത്തെ കുറിച്ച് എന്തുകൊണ്ടൊന്നു ചോദിക്കാൻ പറ്റത്തില്ല ആദ്യമുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടത് സംഭവിച്ചു ആത്മതത്വത്തെ കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവരെയും മനസ്സിലുണ്ടാകുന്ന സംശയമാണ് സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ഈ പരമാത്മാവ് അതാണ് വാസ്തവത്തിൽ ഗാനങ്ങൾ എന്തുകൊണ്ട് തനിക്കിത് സംഭവിച്ചു ജനന മരണങ്ങൾ എന്തുകൊണ്ടുണ്ടാവുന്നു അതിന് നമ്മളൂടെ പറയുന്നത് സ്വാഭാവികമാണ് ഇത് അനാദിയാണ് അനാദിയാണ് എന്നുള്ള ആശയം മനസ്സിലാക്കിയാൽ പിന്നെ അങ്ങനൊരു ചോദ്യം ഇല്ല ചോദ്യത്തിന് പ്രസക്തിയില്ല ഒരു തുടക്കം തുടക്കം ഉണ്ടെങ്കിൽ മാത്രമേ എന്തുകൊണ്ട് അതിനൊരു കാരണത്തെ അന്വേഷിക്കാൻ പറ്റൂ ഒരു വസ്തുവിന്റെ ഉത്പത്തി തുടക്കം ഉണ്ടെങ്കിൽ നമ്മളവിടെ അന്വേഷിക്കണം എന്താ അതിന് കാരണം തുടക്കമില്ലാതെ നിലനിൽക്കുന്ന ഒരു വസ്തു തുടക്കമില്ലാതെ എല്ലാം നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ അതിന് കാരണത്തെക്കുറിച്ച് ചിന്തിക്കാനൊക്കത്തില്ല വേറെ തരത്തിൽ പറഞ്ഞാൽ കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് സാപേക്ഷികമായ തലത്തിൽ അല്ലെങ്കിൽ വേദാന്തികളുടെ അദ്വീതികളുടെ ഭാഷയിൽ പറഞ്ഞാൽ വ്യാവഹാരികമായ തലത്തിൽ നിലനിൽക്കുന്ന ഒരു യുക്തിയാണ് കാര്യകാരണ ബന്ധം ഈ കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് ഒടുങ്ങാതെ നിലനിൽക്കുന്ന ഒരു ബന്ധമല്ല ഒരു കാര്യത്തിൽ നിന്ന് ഒരു ഒരു കാരണത്തിൽ നിന്നൊരു കാര്യം ആ കാര്യത്തിൽ നിന്നും മറ്റൊരു കാരണം ഇങ്ങനെ അനന്തമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ അല്ല ഇത് നമ്മുടെ യുക്തിയുടെ ഒരു സാപേക്ഷിക തലത്തിൽ മാത്രമേ ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് നിലനിൽപ്പള്ളൂ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനുപരിയായൊരു തലത്തിൽ കാര്യകാരണ ബന്ധം നിലനിൽക്കുന്നില്ല അതിനാണ് അനാദി എന്ന് പറയുന്നത് ഇത് അനാദിയായി നിലനിൽക്കുന്നു അവിടെ കാര്യകാരണ ബന്ധമില്ല കാര്യകാരന് വിചാരമില്ല കാരണമേത് കാര്യം ഏതാണെങ്കിൽ ചിന്തിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഈ അജ്ഞാനം സ്വാഭാവികമാണ് എന്ന് പറയുന്നു അങ്ങനെ അനാദിയായിരിക്കുന്നൊരു വസ്തുവിന് ഇല്ലായ്മ സംഭവിക്കാം അതിനടുത്ത് പറയുന്നത് നിവർത്ത എന്ത അനാദിയായിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിക്കും അനാദിയായിരിക്കുന്ന ഒരു വസ്തു എന്തുകൊണ്ട് നശിക്കുന്നു കാരണം അനാദിയായും നിലനിൽക്കുന്നതും അത് സത്യത്തിലുള്ള ഒരു നിലനിൽപ്പല്ല അതുകൊണ്ട് സത്യത്തിന് നിലനിൽക്കുന്നതിനെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയത്തില്ല പക്ഷേ സത്യത്തിന് നിലനിൽക്കുന്നില്ല പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല അതും അദ്വൈതികളുടെ ഭാഷയിൽ പറഞ്ഞാൽ മിഥ്യയായും നിലനിൽക്കുന്നു വേറെ രീതിയിൽ പറഞ്ഞാൽ വ്യാവഹാരികമായും നിലനിൽക്കുന്നു അങ്ങനെ നിലനിൽക്കുന്നത് ഇതിനെ എൻ്റെ നശിപ്പിക്കുന്നു നിവർത്ത എന്തെ നശിപ്പിക്കുന്നു എന്താണ് നശിപ്പിക്കുന്നത് ഉപനിഷത്ത് മന്ത്രങ്ങൾ അതുകൊണ്ടാണ് ഈ ഉപനിഷത് മന്ത്രങ്ങള് എന്ന് പറയുന്നു വെളിച്ചം പ്രകാശം അത് ഇരുട്ടിനെ നശിപ്പിക്കുന്നു അതുപോലെ ഈ അജ്ഞാനത്തെ ഈ മന്ത്രങ്ങൾ നശിപ്പിക്കുന്നു ആത്മവിദ്യ നശിപ്പിക്കുന്നു ീ സംസാരത്തിന് പരമകാരണമായിരിക്കുന്ന സർവ്വകാരണമായിരിക്കുന്ന ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നോണ്ട് എന്ത് സംഭവിക്കുന്നു ശോകമോഹാദി സംസാരധർമ്മിപ്പ് സംഭവിക്കുന്നു അജ്ഞാനകാര്യമായിട്ടാണ് ശോകവും മോഹവും എല്ലാം സംഭവിക്കുന്നത് ഇതിനാണ് സംസാരധർമ്മം എന്ന് പറയുന്നത് ആത്മധർമ്മം എന്ന് പറയുന്നത് സച്ചിദാനന്ദം സംസാരധർമ്മമെന്ന് പറയുന്നത് ശോകമോഹാദി രണ്ടും വിപരീത സ്വഭാവങ്ങളാണ് അതിനാ ആത്മധർമ്മങ്ങൾ അനാത്മധർമ്മങ്ങൾ നശിപ്പിക്കുന്നു സച്ചിദാനന്ദം ശോകമോഹാദികളെ നശിപ്പിക്കുന്നു ശോകമോഹാദി സംസാരധർമ്മ വിച്ചിറ്റി സാധനം അതിന് കാരണമായിരിക്കുന്ന എന്താണ് അതിന് ഉപായമായിരിക്കുന്ന എന്താണ് ആത്മീയത്വാദി വിജ്ഞാനം ആത്മീയത്വജ്ഞാനം പരമാത്മബോധം പരമാത്മബോധം ഏത് തരത്തിലാണ് തന്റെ യഥാർത്ഥ സ്വരൂപം പരമാത്മ സ്വരൂപം തന്നെ അതീകമാണ് താൻ ആ പരമാത്മാവിൽ നിന്നും ഭിന്നനണ്ട അത് നിത്യശുദ്ധമാണോ നിത്യമുക്തമാണോ അത് ആനന്ദ സ്വരൂപമാണോ ഈ തരത്തിലുള്ള വിജ്ഞാനം ആ വിജ്ഞാനത്തെ ഉത്പാദയന്തി എന്ത് ഈ മന്ത്രങ്ങൾ ഈ മന്ത്രങ്ങൾ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ശബ്ദമല്ല നശിപ്പിക്കുന്നത് മറിച്ച് ആ ശബ്ദത്തിൽ നിന്ന് ആ ശബ്ദ ശ്രവണ മനനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വിജ്ഞാനം അനുഭവജ്ഞാനം വിജ്ഞാനം പറയുന്നത് അദ്വൈത ശാസ്ത്രം അനുസരിച്ച് പറഞ്ഞാൽ അനുഭവജ്ഞാനം ഈ ആത്മാവിനെ അനുഭവജ്ഞാനം ആ അനുഭവജ്ഞാനം ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു അതിനീ മന്ത്രങ്ങൾ സഹായിക്കുന്നു എങ്ങനെ ഈ മന്ത്രങ്ങളിൽ നിന്നാണ് ആ ഉണ്ടാകുന്നത് അനുഭവജ്ഞാനുണ്ടാകുന്നു അതാണ് ഈ ഉപനിഷത്ത് മന്ത്രങ്ങളുടെ പ്രത്യേകത ഈശാവാസ്യം എന്നുളങ്ങുന്ന മന്ത്രങ്ങളുടെ പറയുന്നത് ഇത്യവം പ്രകാരം ഉക്ത അധികാരി അവിധേയ പ്രയോജനാൻ മന്ത്രാൻ ഈ പറഞ്ഞ സംബന്ധ ഭാഷയത്ത് ഇതുവരെ പറഞ്ഞത് പ്രധാനമായും ഇതിനെക്കുറിച്ച് അധികാരി അവിധേയം സംബന്ധം പ്രയോജനം അനുബന്ധ ച ദൃഷ്ടി ഈ നാലെണ്ണത്തെക്കുറിച്ചാണ് അധികാരി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള അധികാരി ആരാണ് ഇവിടെ പറയുന്നു പരമാർത്ഥത്തിൽ പരമാത്മ സ്വരൂപമാണ് ഓരോരുത്തരും പിന്നെ ഇതിനധികാരിയായിരിക്കുന്നത് കേൾക്കുന്നതിന് ഇതിനധികാരികളായിരിക്കുന്ന ജീവന്മാർ ഈശ്വരന് ഇതിന്റെ ജീവന്മാരാണ് ഇതിന് അധികാരികളായിരിക്കുന്നത് എല്ലാ ജീവന്മാരും ഇതിനധികാരികളാണ് എല്ലാ ജീവന്മാരും അധികാരികളാണെങ്കിലും ഇത് ശരിക്കും പ്രയോജനപ്പെടുന്ന ആർക്കാണ് ശരിയായ ശ്രദ്ധ വിശ്വാസം ചിത്തശുദ്ധി ജിജ്ഞാസ വൈരാഗ്യം തുടങ്ങിയ ഗുണങ്ങളുള്ളവർക്കാണ് ഇത് ശരിക്കും പ്രയോജനപ്പെടുന്നത് അതുകൊണ്ടാണ് അധികാരിയെ പ്രത്യേകിച്ച് നിർദ്ദേശിക്കുന്ന സാധന ചതുഷ്ടയ സമ്പന്നങ്ങളൊന്നും പറ്റില്ല സർവ്വ ജീവന്മാരെയധികാരികളാണെങ്കിലും ഈ വിദ്യക്ക് അത് പ്രയോജനപ്പെടുന്നത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുന്നത് ഇത്തരം ഗുണവിശേഷങ്ങളുള്ളവർക്ക് ശ്രദ്ധയും ശുദ്ധിയും ഇത് പ്രയോജനപ്പെടുത്തണം അപ്പോൾ അവരെ വിശേഷാധികാരികളെന്ന് പറയാം അങ്ങനെയുള്ള അധികാരി ആരാണെന്ന് വ്യക്തമാക്കും വ്യക്തമാകുന്നുണ്ട് അഭിധേയം വിഷയം എന്താണ് ഇവിടുത്തെ വിഷയമൊന്നും ഇവിടെ പരമാത്മാവാണ് ഇവിടുത്തെ വിഷയം ഇവിടെ പരമാത്മ സ്വരൂപം എന്താണ് ആ ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് ആ പരമാത്മസ്വരൂപവും താനും തമ്മിലുള്ള ബന്ധമുണ്ട് അപ്പൊ ഇവിടെ ആത്യന്തികമായ വിഷയം താൻ തന്നെയാണ് ഇവിടുത്തെ വിഷയം ആത്മവിദ്യയ്ക്ക് വിഷയമായിരിക്കുന്നത് താൻ തന്നെ ശാസ്ത്രങ്ങളെയെല്ലാം ഈ ശാസ്ത്രത്തെ തന്നെ നിഷേധിക്കുന്നിടത്ത് ശാസ്ത്രങ്ങളെ നിഷേധിക്കുന്നതിനൊരു പ്രധാന കാരണ ഇതാണ് സാധാരണ ശാസ്ത്രങ്ങൾക്ക് വിഷയം അന്യമായി പോകും തന്നിൽ നിന്ന് അന്യമായ കാര്യങ്ങളാണ് ശാസ്ത്രത്തിന് വിഷയമായിരിക്കുന്നത് അതുകൊണ്ടാണ് ശാസ്ത്രത്തെ നിഷേധിക്കുന്നത് ശാസ്ത്രം തന്നെ കാരണം ആ കൊണ്ട് ആത്മബോധം ഉണ്ടാകത്തില്ല അത് ശ്രേയസിന് ഉപകരിക്കത്തില്ല ശാസ്ത്രാധ്യയനത്തെ നിഷേധിക്കുന്നത് എന്തുകൊണ്ട് ശാസ്ത്രങ്ങളുടെ വിഷയം അന്യമായി പോകും നാനാവിഷയങ്ങളെക്കുറിച്ച് നാനാശാസ്ത്രം പക്ഷെ ഇവിടെ പറയുന്ന ഈ മന്ത്രശാസ്ത്രം ഇതങ്ങനെയല്ലേ ഇതിന്റെ വിഷയം എന്താണ് താൻ തന്നെയാണ് വിഷയം തന്നെ കുറിച്ച് ബോധിപ്പിക്കുന്ന ആയതുകൊണ്ട് ഇത് മോക്ഷശാസ്ത്രമാണ് മോക്ഷത്തിന് മോക്ഷശാസ്ത്രത്തിന്റെ അധ്യയനം അതിന്റെ ശ്രവണ മനനങ്ങൾ അനുവക്ഷണീയങ്ങളാണ് അത്യന്താപേക്ഷിതമാണ് അതും ഇതുവരെ പറഞ്ഞു മനസ്സിലാക്കി ഇതിന്റെ വിഷയം പരമാത്മാവാണ് എന്ന് പറയുമ്പോൾ താൻ തന്നെയാണ് ഇവിടെ വിഷയമായിരിക്കുന്നത് അതിനെ ഈ മന്ത്രങ്ങൾ വെളിപ്പെടുത്തുന്നു സംബന്ധം ഈ മന്ത്രങ്ങൾക്ക് ആ വിഷയവുമായിട്ടുള്ള ബന്ധം ഈ മന്ത്രങ്ങൾ എങ്ങനെ മന്ത്രങ്ങളുടെ വിഷയം ആത്മാവാണെന്ന് പറഞ്ഞു ഈ മന്ത്രങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുന്നു ഈ മന്ത്രങ്ങൾ ആത്മബോധജനകങ്ങളാണ് അതാണ് സംബന്ധം ആത്മബോധത്തേത് ഉണ്ടാക്കിത്തരുന്നു അത് നിരപേക്ഷമായി സ്വതന്ത്രമായി അതിനുള്ള ശക്തി ഉണ്ടെന്നാണ് മറ്റെന്തിനെങ്കിലും അപേക്ഷിച്ചു കൊണ്ടല്ലോ ഈ മന്ത്രങ്ങൾക്ക് സ്വതന്ത്രമായി തന്നെ മറ്റൊന്നിനെ ആശ്രയിക്കാതെ തന്നെ ഈ മന്ത്രങ്ങൾക്ക് ആത്മബോധത്തെ ഒരു ജീവന്റെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള കഴിവുണ്ട് അതാണിതിന്റെ സംബന്ധമെന്ന് പറയുന്നത് അങ്ങനെ ആത്മബോധജനകത്വം ആത്മബോധത്തേത് ഉണ്ടാക്കിത്തരുന്നു എന്നുള്ളതാണ് ആത്മബോധവും ഇതും തമ്മിലുള്ള ബന്ധം അപ്പോൾ അതിവിടെ ഉറപ്പിച്ചു പറയുകയാണ് മന്ത്രം ശരിക്കും ഈ ആത്മബോധത്തെ ഉണ്ടാക്കിത്തരുന്നതാണ് ഒന്നിനെയും ആശ്രയിക്കുക മറ്റു ഒരു വ്യക്തിയെയോ മറ്റെന്തിനെയെങ്കിലും ആശ്രയിച്ചുകൊണ്ടല്ല നിരപേക്ഷമായി സ്വതന്ത്രമായി അത് ഒരു ജീവന്റെ ഉള്ളിൽ പരമാത്മബോധത്തെ പ്രകാശിപ്പിക്കുന്നു അതിനുള്ള ശേഷിയാണുണ്ട് ആ മന്ത്രജന്യമാണ് ആത്മബോധം എന്ന് പറയുന്നത് ആത്മബോധം ഈ മന്ത്രജന്യമായി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനി ഉണ്ടാകത്തുള്ളൂ ഇന്നുവരെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ അങ്ങനെ അല്ലാതെ ആത്മബോധം ഉണ്ടായിട്ടില്ല ആർക്കും ഇനി ഉണ്ടാകത്തുള്ളു എന്തുകൊണ്ട് ഈശ്വരീയ ജ്ഞാനമാണ് ഈ മന്ത്രങ്ങളെ കുറിച്ച് പറയുന്നത് തന്നെ ഇത് ഈശ്വരൻ പ്രകാശിപ്പിച്ചതെന്നാണ് അപ്പൊ ഈശ്വരന്റെ സ്വരൂപത്തെ കുറിച്ച് ഈശ്വരനെ പ്രകാശിപ്പിക്കാൻ തന്നെ കുറിച്ച് തനിക്കേ അറിയാൻ പറ്റും അപ്പൊ ഈശ്വര സ്വരൂപത്തെക്കുറിച്ച് ഈശ്വരൻ തന്നെ പ്രകാശിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഈശ്വരന്റെ വാക്കുകളാണ് എന്നാണ് പറയുന്നത് ഇത് ഇങ്ങനെ പരമ്പരയായി ജീവന്മാരിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുമുഖത്ത് നിന്ന് അതിങ്ങനെ പരമ്പരയായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോകത്ത് ജീവന്മാരെവിടെയുണ്ടെങ്കിൽ ഏത് ലോകത്തായാലും പതിനാല് ലോകങ്ങളിലായാലും അവിടെയെല്ലാം ഈശ്വരീയ ജ്ഞാനം ഈ മന്ത്രരൂപത്തിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് വേദമന്ത്രരൂപത്തിൽ അതിന്റെ രൂപ ഭാഷയ്ക്കുമൊക്കെ വ്യത്യാസം വന്നിരിക്കും പക്ഷെ അതെല്ലാം ഈശ്വരീയജ്ഞാനമാണ് ഈശ്വരബോധം അവിടെ ഉണ്ടാകണമെന്നും ഐശ്വരീയമായ ജ്ഞാനം വരും അത് ചിലടടുത്തത് ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ വരാം ചിലടടുത്തത് ഗ്രന്ഥജ്ഞാനം എന്നുള്ള സംഭവിക്കാം എന്തായാലും അത് ഐശ്വര്യജ്ഞാൻ വേദം ഉപനിഷത്ത് ബ്രഹ്മവിദ്യ അത് തന്നെയാണ് സർവത്ര ഈശ്വരബോധത്തിന് കാരണമായിരിക്കുന്നത് അതുകൊണ്ട് ഈശ്വരബോധ ജനകം എന്ന് പറയുന്ന ഈ മന്ത്രങ്ങളാണ് പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നേയുള്ളൂ അതാണ് ആത്മബോധവും ഈ മന്ത്രങ്ങളും തമ്മിലുള്ള ബന്ധം ആത്മബോധം കാര്യം ഈ മന്ത്രങ്ങളതിന് കാരണം പ്രയോജനം എന്താണ് ഇതിന്റെ പ്രയോജനം എന്തിനാണ് ഇത്രയും ക്ലേശിച്ച് ഈ മന്ത്രങ്ങൾ അധ്യയനം ചെയ്യുന്നത് ഇത് ശ്രവണം ചെയ്യുന്ന എന്തിനാണ് അതിൻ്റെ പ്രയോജനം പറയുന്ന എന്താണ് ഈ അജ്ഞാനനാശം മോക്ഷപ്രാപ്തി അല്ലെങ്കിൽ ആനന്ദപ്രാപ്തി സംസാര നിവൃത്തി ഇതെല്ലാം ഒരർത്ഥത്തിൽ തന്നെ പറയുന്നതാണ് ആത്മബോധം ബോധോദയം ഇതുതന്നെയാണ് അതിൻ്റെ പ്രയോജനം ആത്മബോധം കൊണ്ട് അജ്ഞാന സംഭവിക്കുന്നു ജീവൻ മുക്തനായിത്തീരുന്നു ഈ സംസാര ബന്ധത്തിൽ നിന്ന് മോചിതനായിത്തീരുന്നു സംസാര ബന്ധത്തിൽ നിന്ന് മോചിതനാവുക അദ്വൈതയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്രയുള്ളൂ ആ സംസാരം പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്നറിയിരുന്നു അല്ലാതെ ഉള്ള ഒരു സംസാരത്തിൽ നിന്നും മോചിക്കുന്നില്ല വാസ്തവത്തിലുള്ള ഒരു ബന്ധനത്തിൽ നിന്നും ഇവിടെ മോചിക്കുന്നില്ല വാസ്തവത്തിൽ ബന്ധനം ഇല്ല എന്നറിയുന്നത് തന്നെയാണ് മോചനത്തിനുള്ള ഉപായം അതാണ് ഇതിന്റെ പ്രയോജനം അങ്ങനെ എല്ലാമുള്ള ഈ മന്ത്രങ്ങളെ സംക്ഷേപത വ്യാഖ്യാസ്യാമ എന്നാണ് ഞാനെന്തായാലും സംക്ഷേപിച്ച് സംക്ഷേപിച്ചു പറയുമ്പോൾ എല്ലായിടത്തും ഭാഷകാലം പറയും സംക്ഷേപിച്ച് വ്യാഖ്യാനിക്കുന്നു ശബ്ദത്തെ സംക്ഷേപിച്ചാണ് അർത്ഥത്തെ സംക്ഷേപിച്ചല്ല വിപുലമായ അർത്ഥങ്ങളെ ചുരുങ്ങിയ വാക്കുകളിലൂടെ പ്രകാശിപ്പിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു അപ്പൊ സംക്ഷേപം രണ്ടു തരത്തിലുണ്ട് അർത്ഥ സംക്ഷേപം ശബ്ദ സംക്ഷേപം കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ കാര്യങ്ങൾ പറയുക അതാണ് ഭാഷകാരന്റെ ശൈലി അപ്പോൾ ആ ശബ്ദങ്ങളെ സംക്ഷേപിച്ചുകൊണ്ട് കൂടുതൽ ആയാസം ഉണ്ടാക്കാത്ത രീതിയിൽ എന്നാൽ അർത്ഥത്തെ ഒട്ടും തന്നെ സംക്ഷേപിക്കാതെ അതിവിശദമായി വ്യാഖ്യാനിക്കുന്നു എന്നാണ് ചിന്തിക്കുന്നവർക്കിത് വളരെ വിപുലമായി വിശദമായി അർത്ഥബോധം ഉണ്ടാകാത്ത തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നതാണ് എന്ന് പറഞ്ഞവിടെ സംബന്ധ ഭാഷ്യം അവസാനിപ്പിക്കുകയാണ് അവിടുത്തെ ഈശാവാസ്യം എന്ന് തുടങ്ങുന്ന മന്ത്രഭാഗങ്ങളെ ആ മന്ത്രത്തിലെ ഓരോ പദങ്ങളെയായിട്ട് വ്യാഖ്യാനിച്ച് അതിന്റെ ആശയത്തെ വെളിപ്പെടുത്തുകയാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്ത് ഏതെങ്കിലും കാര്യങ്ങൾക്ക് കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗം വിശദീകരിക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിപ്പോ ചോദിക്കാം ആർക്കെങ്കിലും അങ്ങനെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചാലും കുഴപ്പമില്ല എന്തെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക മനസ്സിലായിട്ടുണ്ടോ ഇനി മനസ്സിലാക്കാൻ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇതിന് ചോദിക്കാൻ കാണും അത് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം പറയുന്നു ഈശ്ശെന്ന് പറയുന്ന ആ പദത്തെ വ്യാഖ്യാനിക്കുകയാണ് അപ്പാദത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ഈശ എന്ന് പറയുന്ന ആദ്യത്തെ പദം എടുത്തിരിക്കുന്നു അതിന് പ്രതീകം എന്ന് പറയും അപ്പതത്തെ പ്രതീകമായി സ്വീകരിച്ചുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുകയാണ് അടുത്ത് അതിന്റെ വിത്പത്തി പറയുകയാണ് ഈശ ഐശ്വര്യ എന്ന് പറയുന്ന ഒരു ധാഗോണ്ട് ശബ്ദത്തിന്റെ ഒരു റോട്ട് ഈശ അതിൽ നിന്നാണ് ഈശ എന്നുപറയുന്ന ശബ്ദം വന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഈഷ്ഠേ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് ഭാഷാ ജ്ഞാനമുള്ള ഒരാളിന് വ്യാകരണ ജ്ഞാനമുള്ള ആളിന് ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാവും ഈഷ്ഠയെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇവിടെ സംഭവിച്ചിരിക്കുന്നു ഒരു ധാതു ഏത് പ്രത്യേകം വന്നു എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ച് ഈശ എന്നുള്ള രൂപം വന്നു എന്നുള്ളത് ഈഷ്ഠേ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ വാക്കിൽ നിന്ന് അതൊരു ക്രിയാരൂപമാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിക്കേണ്ട കാര്യമില്ല വ്യാകരണം അറിയാവുന്നവർ അറിയാൻ പാടില്ലാത്തവരാണെങ്കിലോ അവരോടൊപ്പ് വിശദീകരിച്ചിട്ട് പ്രയോജനവുമില്ല മനസ്സിലാകാത്ത ഇത് ഈട്ടെന്ന് പറയുന്നത് രൂപത്തിന്റെ തൃതീയാന്തമാണ് ഈശ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത തേന എന്ന് പറയുന്നത് എന്നിങ്ങനെ അതിന്റെ രൂപങ്ങൾ പോകും അതിന്റെ തൃതീയാന്തമാണ് ഈശ എന്ന് പറയുന്നത് എന്നുള്ള അർത്ഥം ഇവിടെ കിട്ടും മലയാളത്തിൽ പറഞ്ഞാൽ ഈശ്വരനാൽ ഈശ്വരനെ കൊണ്ട് എന്നുള്ള അർത്ഥം കിട്ടും ഈശോധാതുവിൽ നിന്ന് ഈശ എന്ന രൂപമുണ്ടായ മുഴുവൻ വ്യാകരണ കാര്യങ്ങളും ഇത്രയും ഒന്ന് രണ്ട് ശബ്ദങ്ങൾ കൊണ്ട് അതിന്റെ സൂത്രവും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഈശ്വരനാൽ എന്നുള്ള അർത്ഥം ഐശ്വര്യം എന്ന് പറയുന്നത് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ സാമർഥ്യം എന്നർത്ഥം എന്ത് സാമർഥ്യമാണ് ഇവിടെ ഈശ്വരൻ എന്നുള്ളത് സൃഷ്ടി സ്ഥിതി സംഹാര സാമർഥ്യം സൃഷ്ടി സ്ഥിതി സംഹാര സാമർഥ്യം ഉള്ളവനാണ് ഈശ്വരൻ അതാണ് ഈശ്വരന്റെ ഐശ്വര്യം സാമർഥ്യം എന്ന് പറയുന്നത് ഈ ജഗത്തിനെ സൃഷ്ടിക്കാനും നിലനിർത്താനും സംഹരിക്കാനും ശേഷി അങ്ങനെയുള്ള ഈശ്വരൻ എന്നാണ് അങ്ങനെയുള്ള ഈശ്വരനാൽ എന്നായി അതായത് ഈശ്വരന്റെ വ്യാഖ്യാനം താത്വികമായ വ്യാഖ്യാനം അതായത് സ്വരൂപ ഈശ്വര സ്വരൂപനിഷ്ഠമായ വ്യാഖ്യാനം ആരോപിത നിഷ്ഠമായ വ്യാഖ്യാനം രണ്ടു തരത്തിലെ വ്യാഖ്യാനങ്ങൾ വേറെ തരത്തിൽ പറഞ്ഞതിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് സ്വരൂപ ലക്ഷണം തടസ്സ ലക്ഷണം എന്നുള്ള കാര്യങ്ങളും രണ്ടുതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് സാമാന്യ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനെ അയാൾക്ക് ബോധ്യ കൊടുക്കാൻ എങ്ങനെ ബഹിർമുഖമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന എങ്ങനെയാണ് അയാളെ മുമ്പിൽ കാണുന്ന ഈ പ്രപഞ്ചത്തെ ഈ പ്രപഞ്ചത്തിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുക പ്രപഞ്ചത്തിലൂടെ ഈശ്വരനെങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായിരിക്കുന്ന അതിമഹത്തായ ഒരു ശക്തി വിശേഷമാണ് ഈശ്വരൻ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് അത് ഈശ്വരനെക്കുറിച്ചുള്ള സ്ഥൂല ദൃഷ്ടിയിലൂടെയുള്ള ഒരു വിശദീകരണമാണ് അല്ലെങ്കിൽ ആരോപിതമായ രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണ് പരമാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ളതല്ല കാരണം ബഹിർമുഖമായ പ്രപഞ്ചോന്മുഖമായ മനസ്സുള്ള ഒരാളിന് ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെടുത്തി ഈശ്വരനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയും സൃഷ്ടി സംഹാരങ്ങൾക്കെല്ലാം കാരണനായിരിക്കുന്നവൻ പറയും അവന്റെ മനസ്സ് ഈ പ്രപഞ്ചത്തോട് ചേർന്നിരിക്കുകയാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനെ ആത്മനിഷ്ഠമായി മനസ്സിലാക്കാൻ കഴിയത്തില്ല ബഹിർമുഖമായി മനസ്സിലാക്കാൻ കഴിയത്തുള്ളു അപ്പോൾ ഏറ്റവും വലുതായത് ഈ പ്രപഞ്ചത്തിനെല്ലാം അധീശനായിരിക്കുന്നത് സർവജ്ഞനായിരിക്കുന്നത് സർവശക്തനായിരിക്കുന്നത് എല്ലാത്തിനും ഉപരിയായിരിക്കുന്നത് ഈ തരത്തിൽ ഇതെല്ലാം ബഹിർമുഖമായ കാഴ്ചപ്പാടാണ് ബാഹ്യനിഷ്ഠമായ ഒരു കാഴ്ചപ്പാടാണ് ആ രീതിയിൽ ഈശ്വരനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു സ്ഥൂലബുദ്ധി ഉള്ളവരുവനും അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഈശ്വരൻ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന അതിനുവേണ്ടിയാണ് സർവത്തെയും ഭരിക്കുന്നവൻ എന്നും അർത്ഥമുള്ളത് അതിനാത്മനിഷ്ഠമായി യഥാതമായി വിശദീകരിക്കുന്നതാണ് ഉഘൻഷ മന്ത്രത്തിന് നമ്മൾ സത്യം ജ്ഞാനം അനന്തം സച്ചിദാനന്ദം എന്റെ നാം പറയുന്നു നമ്മുടെ ആരോപണങ്ങളൊന്നും ആരോപിതമായ ഭാവങ്ങളൊന്നും മറ്റു കൽപ്പനകളവിടെ കുറവാണ് സ്ഥൂലമായല്ല ഗ്രഹിക്കേണ്ടത് ബേർമുഖമായല്ല ഗ്രഹിക്കേണ്ടത് ആത്മനിഷ്ഠമായി ഗ്രഹിക്കണം തന്റെ ആന്തരിക സ്വരൂപത്തിലേക്ക് തന്റെ അന്ധകരണത്തെ നിവേശിപ്പിച്ച് ഗ്രഹിക്കണം അത് സത്യമാണ് ജ്ഞാനമാണ് ആനന്ദമാണ് ബാഹ്യകൽപ്പനകളൊന്നുമില്ല അങ്ങനെ രണ്ടു തരത്തിലും ഈശ്വരനെ ബോധിപ്പിക്കും അതിനെയാണ് സ്വരൂപലക്ഷണം തടസ്സലക്ഷണം എന്നെല്ലാം സാങ്കേതികമായ ഭാഷയിൽ പറയുന്നത് ഇവിടെ ഇപ്പം ആദ്യം ഈശ്വരൻ എന്നങ്ങനെ പറയുന്നു അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ആദ്യം അങ്ങനെയാണ് പറയുന്നത് സർവജ്ഞനായും സർവശക്തനായും ഈശ്വരതാവായും രക്ഷിതാവായും എല്ലാ ഈശ്വരന് പറയുന്നു അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നു ഈശിതാവ് എന്ന് അത് ഈശിതാവാണ് സർവത്തെയും ഈശാനം ചെയ്യുന്നവനാണ് ഭരിക്കുന്നവനാണ് പരമേശ്വര പരമമായ ഈശ്വരൻ പരമമായ ഐശ്വര്യം ഉള്ളവനതാണ് പരമ ഈശ്വരൻ ഈശ്വരം ഐശ്വര്യം എന്ന് പറയുന്നത് ജീവന്മാരിലുമുണ്ട് എന്തെങ്കിലും സാമർഥ്യ വിശേഷം ഒരു വ്യക്തിക്ക് കാണുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഐശ്വര്യമാണ് സാധാരണയിൽ നിന്ന് വിലക്ഷണമായിട്ട് അതായത് പാടുക എന്ന് പറയുന്നത് എല്ലാവർക്കും പാടാൻ കഴിയും പക്ഷേ മനോഹരമായി മധുരമായി പാടാൻ അപൂർവം പേർക്ക് കഴിയും അത് അയാളുടെ ഐശ്വര്യമാണ് അതുപോലെ ഓരോ കാര്യങ്ങളിലും നമ്മൾ പറയുള്ളൂ പ്രതിഭാശാലിത്വം അതൊക്കെ ജീവന്മാരുടെ ഐശ്വര്യങ്ങളാണ് ഐശ്വര്യം ഈശ്വരന് മാത്രമല്ല ജീവന്മാരുടെ ഉണ്ട് പക്ഷേ പരമമായ ഐശ്വര്യം അതിൽ ഒരാളിലേ ഉള്ളൂ അതാണ് ഈശ്വരൻ ഈ ഐശ്വര്യങ്ങളുടെ എല്ലാം പരമകാഷ്ടം ചർമസീമ അതെവിടെ കാണുന്നുണ്ടോ അതാണ് പരമ ഈശ്വരൻ പരമമായ സാമർഥ്യങ്ങളെല്ലാം ഒരുമിക്കുന്നിടം അതാണ് പരമീശ്വരൻ എന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് എല്ലാ ശക്തികളെയും ഒരു ചൈതന്യ വിശേഷത്തിൽ ആരോപിച്ച് അങ്ങനെ പറയുക ദുർമുഖമായി നമുക്ക് മനസ്സിലാക്കാൻ സ്ഥൂലമായി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അതിന്റെ പരമാർത്ഥസ്വരൂപം എന്താണ് അത് പറയുന്നത് പരമാത്മാ അതിന്റെ യഥാതഥമായി പറയാണ് യാഥാത്മി നേരത്തെ പറഞ്ഞതുപോലെ പരവുമായ ആത്മാവ് പരവുമായ സ്വരൂപം സർവജീവന്മാരുടെയും സർവ പ്രപഞ്ചത്തിന്റെയും യഥാർത്ഥസ്ഥരും അതാണ് പരം ആത്മാ എന്ന് പറയുന്നത് പരമ ആത്മ ആത്മാന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തോളണം സ്വരൂപം സ്വഭാവം യാഥാർത്ഥ്യം എന്നാണ് ആത്മ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പരമമായ യാഥാർത്ഥ്യം സർവത്തിന്റെയും താൻ ഉൾപ്പെടെയുള്ള സർവത്തിന്റെയും പരമമായ യാഥാർത്ഥ്യം സ്വരൂപം വാസ്തവസ്ഥിതി ആ അടുത്ത് പറയുന്നത് സർവസ്യ സർവത്തിന്റെയും അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് തന്റെ യാഥാർത്ഥ്യം എന്തോ അതാണ് ഈശ്വരൻ എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം ഓരോരുത്തേയും യാഥാർത്ഥ്യം അതാണ് ഈശ്വരൻ യഥാർത്ഥസ്ഥിതി അപ്പൊ ഈശ എന്ന് പറയുന്നതിനെ വ്യാഖ്യാനിച്ചു പരമാത്മാ സർവസ്യ അതിന്റെ അന്തിമമായ വ്യാഖ്യാനമാണ് അതിന്റെ സ്വരൂപ വിശദീകരണമാണത് സർവത്തിന്റെയും യഥാർത്ഥ സ്വരൂപമായിരിക്കുന്നത് അതാണ് ഈശ്വരൻ സഹി ആ പരമാത്മാവ് സർവത്തെയും സർവത്തെയും ഭരിക്കുന്നത് നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ് സർവജന്തുവിനാൻ ആത്മാസൻ സർവജന്തുവിനാണ് ജന്തു എന്ന് വെച്ചാൽ ജീവൻ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്ന ജന്തു എന്നുള്ള അർത്ഥത്തിലാണ് മലയാളത്തിൽ ജന്തു എന്ന് പറയുന്നത് പ്രാണികളെ ഉദ്ദേശിച്ചാണ് ഇവിടെ ജന്തു എന്ന് പറഞ്ഞാൽ ജീവൻ എന്നുള്ള അർത്ഥത്തിലാണ് ചൂടാണ് ഇതൊക്കെ പറയുന്നത് ജന്തുവിനാം നിര ജന്മദുർഭം ഇവിടെ ജന്തു എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് മനുഷ്യന്റെ ജന്മദുർഭം എന്നുണ്ടെ ജീവൻ മാർക്ക് എന്നാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കുമ്പോൾ സാധാരണ തെറ്റിച്ച് പഠിക്കുന്നൊരു വാക്കാണ് ജന്തു എന്ന് വെച്ചാൽ പ്രാണികൾ എന്ന് പറയും കാരണം മലയാളത്തിൽ അങ്ങനെ ആ ശബ്ദം പതിഞ്ഞുപോയതുകൊണ്ട് ജന്തു എന്ന് പറഞ്ഞാൽ പ്രാണിന്ന് ഉപനിഷത്തുകൾ വ്യാഖ്യാനിക്കുമ്പോഴും വേദാന്തത്തിനുമെല്ലാം മലയാളത്തിൽ അങ്ങനെ വ്യാഖ്യാന വായിച്ച് ഞാനും പഠിച്ചിട്ടുണ്ട് ഇപ്പം ജന്തു എന്ന് പറഞ്ഞാൽ ജീവൻ എന്നുള്ള അർത്ഥമാണ് ആ ജീവന്മാർക്ക് മനുഷ്യജന്മം ദുർലഭമാണ് എന്നുവെച്ചാൽ മൃഗജന്മവും ആകാം അവിടെ പറയുന്ന സർവ്വജന്തുവിന സർവ്വ ജീവന്മാർക്കും യും ആത്മാവാണ് സ്വരൂപമാണ് എന്നാണ് ആ പരമാത്മാവ് യഥാർത്ഥ സ്വരൂപമാണ് ആന്തരികമായ സ്വരൂപമാണ് അത് ഇതിനടുത്ത് പറയുന്ന സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാസൻ പ്രത്യകാത്മതയാ പ്രത്യക് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് പ്രത്യക് എന്ന് പറയുന്നത് ഈ ക്ലാസ്സിൽ തന്നെ ഞാൻ പലതവണ വിശദീകരിച്ചിട്ടുണ്ട് എന്നോടായാലും ചോദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കാണ് എന്താണ് പ്രത്യേകം എന്ന് പറയുന്നത് എന്റെ അർത്ഥം പലതവണ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് ആരെങ്കിലും പറയുക പ്രത്യേക എന്താണ് എന്തായാലും ഇങ്ങോട്ടാരും ചോദിക്കുന്നുണ്ടല്ലോ തിരിച്ചു ചോദിക്കാം എന്താണ് പ്രത്യേക എന്ന് പറയുന്ന ശബ്ദത്തിന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അഞ്ച് തവണയെങ്കിലും കുറഞ്ഞ് പറഞ്ഞിരിക്കും ഈ ക്ലാസ് എന്താണ് പ്രത്യേകം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ഒരർത്ഥം എന്റെ രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട് ഒന്ന് പറഞ്ഞാൽ ഒന്ന് വിട്ടിരിക്കുന്നു ഉപേക്ഷിച്ചിരിക്കുന്നു പ്രത്യേകം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ രണ്ടർത്ഥം പറഞ്ഞിട്ടുള്ളു ഉം ആരെങ്കിലും പറയുക തെറ്റിയാലും കുഴപ്പമില്ല സഹിച്ചു സഹിച്ചെന്നെ പറ്റൂ എന്താണ് പ്രത്യേക ശബ്ദത്തിന്റെ അർത്ഥം ഉം ക്ഷമിച്ചിരിക്കുന്നു അടുത്തയാള് ആരെങ്കിലും പറയൂ ഇതങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ ആന്തരികും കറക്റ്റ് പ്രത്യേകം എന്ന് വെച്ച് ആന്തരിക്കും ഇപ്പം നാണം കൊണ്ടാ പറയാതിരുന്നത് അറിയാൻ വയ്യാത്തോണ്ടല്ലോ ഒരു വശത്തേത്തിപ്പോയാൽ അതാണ് ഒരർത്ഥം മറ്റൊന്ന് അധിഷ്ഠാനം ഇപ്പൊ ശ്രദ്ധിക്കുന്നവരുണ്ട് ഞാൻ ഒരുപോലെയാണ് അപ്രത്യക് എന്ന് പറഞ്ഞാൽ ആന്തരികം അതാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം മറ്റൊന്ന് അധിഷ്ഠാനം ആത്മാന്തരികമായ ആത്മാസ്വരൂപം പ്രത്യേക അധിഷ്ഠാനം അധിഷ്ഠാന സ്വരൂപം അധിഷ്ഠാനം അന്താരം ആധാരം ഇതൊക്കെ സമാനാർത്ഥത്തിൽ പറയുന്നു കാരണം ഈ ശബ്ദം പലതവണ ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ് അപ്പം നമ്മൾ അറിഞ്ഞിരിക്കുന്നു ആ ശബ്ദ അർത്ഥത്തിലുള്ള നിഷ്കർഷം ഉണ്ടായിരിക്കും ശബ്ദത്തിന് ഇന്ന അർത്ഥമാണ് എന്നുള്ള വ്യക്തമായി തന്നെ ധരിച്ചിരിക്കുന്നു മായ സ്വരൂപം പ്രത്യേകാത്മാ അധിഷ്ഠാന സ്വരൂപം എന്നാണ് സർവജന്തുവിനാ പ്രത്യേകാത്മാ എന്നാണ് സർവ്വജന്തുക്കളുടെയും ആന്തരിക സ്വരൂപം ബാഹ്യ സ്വരൂപം എന്ന് പറയുന്ന ഈ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ഇതൊക്കെ ബാഹ്യസ്വരൂപം എല്ലാ പ്രാണികളുടെയും എല്ലാ ജീവന്മാരുടെയും ആന്തരികസ്വരൂപം എന്ന് പറയുമ്പോൾ അതാണ് ഇവിടെ പറയുന്നത് പരമാത്മാ ആന്തരിക സ്വരൂപമാണ് പ്രത്യേക ആത്മാവായിരിക്കുന്നു അധിഷ്ഠാന സ്വരൂപമായിരിക്കുന്നു ആധാര സ്വരൂപമായിരിക്കുന്നു അങ്ങനെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു തേനസ്വേന രൂപേണ ആത്മന ആ പരമാത്മ സ്വരൂപത്തിൽ ഇരിക്കുന്ന ആത്മാവിനാൽ ഈശ അപ്പൊ ഈശയുടെ അർത്ഥമായി ഈശ അങ്ങനെയുള്ള പരമാത്മാവിനാൽ എന്നർത്ഥം അപ്പൊ ഈശ എന്ന് പറയുന്ന ആ ശബ്ദത്തെയാണ് ഇതുവരെ വ്യാഖ്യാനിച്ചത് ഈശ്വരൻ എന്ന് പറയുന്നത് അന്യനാണ് തന്നും വേറിട്ടൊന്നാണ് എന്നുള്ളതിന് എന്നുള്ള നമ്മളെ ധാരണയെ തിരുത്തിക്കൊണ്ടിവിടെ പറഞ്ഞു അത് പരമാത്മ സ്വരൂപമാണ് അങ്ങനെയുള്ള ഈശ്വരനാൽ വാസ്യം എന്ന് പറയുന്നു അതിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നു ആച്ഛാദനീയം എന്ന് പറഞ്ഞിരിക്കുന്നു ആച്ഛാദനം ചെയ്യുക എന്ന് വെച്ചാൽ എന്നുള്ള അർത്ഥമാണ് ഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വാസ്യം എന്നും ആവാസ്യം ഒന്ന് രണ്ടു തരത്തിൽ പദം പിരിക്കുന്നു പിരിക്കാം അകാരത്തിനു ശേഷം അകാരം ആകാരത്തിനു ശേഷം ആകാരം അകാരം ഇങ്ങനെ രണ്ട് അകാരങ്ങൾ ചേർന്നു കഴിഞ്ഞാൽ അതങ്ങ് കൂടി ചേർന്ന് ഒന്നായി കഴിഞ്ഞാൽ അത് ആ പദങ്ങൾ എങ്ങനെ അതനുസരിച്ച് സൗകര്യം പോലെ പിരിച്ചെടുത്ത ആ നോ ആ പ്ലസ് ആ രണ്ട് ദീർഘങ്ങൾ ചേർത്തോ അല്ലെങ്കിൽ ഒരു ദീർഘവും ഒരു ഹ്രസ്സവുമായിട്ടോ എങ്ങനെ വേണോ പിരിച്ചെടുക്കാം അപ്പൊ ഈശാവാസ്യം എന്നുള്ളതിന്റെ അവിടെ ഒരു ആകുടെ ഉണ്ടെങ്കിലും ഈശാവാസ്യം തന്നെ എഴുതിയിരിക്കും പറയും അതുകൊണ്ട് ചിലർ ഇതിനാവാസ്യം എന്ന് പിരിക്കുന്നു ചിലര് വാസ്യം എന്ന് പിരിക്കുന്നു ചില വ്യാഖ്യാതാക്കൾ ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെ അർത്ഥം അദ്വൈതപരമായ വ്യാഖ്യാനത്തിന് രണ്ടു തരത്തില് പിരിച്ചെടുത്താലും കുഴപ്പമൊന്നും ആ വാസ്യം സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നും കുറച്ചുകൂടി ജ്ഞാനത്തിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ഭാഷകാരൻ വാസ്യം എന്ന് പിരിച്ചു അങ്ങനെ പിരിക്കുന്നതിനും കാരണങ്ങളുണ്ട് അങ്ങനെ ഇത് ഉപനിഷത് മന്ത്രങ്ങളാണ് ഉപനിഷത് മന്ത്രങ്ങൾക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു മാധ്യന് ദിനീശാഖേന കണ്ണുശാഖയിലെല്ലാം യൂപൻഷത്തുകളുണ്ട് എന്നുവെച്ചാൽ ഓരോ പരമ്പരയിലിത് സ്വാധ്യായം ചെയ്തു വരുന്ന രീതികളാണ് ഈ ശാഖകളെന്ന് പറയുന്നത് അത് വേദത്തിന് നമ്മൾ കേട്ടിട്ടുണ്ട് പലതരത്തിലുള്ള പാഠങ്ങളുണ്ട് ഖനപാഠം പദപാഠം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പാഠങ്ങളുണ്ട് പദപാഠം വരുമ്പോൾ പദങ്ങളെ പിരിച്ച് പലതരത്തിൽ പദങ്ങളെ പിരിച്ചിട്ട് വേദം ചൊല്ലും അങ്ങനെ പിരിച്ചു ചൊല്ലുമ്പോൾ ഇവിടെ ഈശ വാസ്യം എന്ന് പിരിച്ചു ചൊല്ലുന്ന സമ്പ്രദായം ആ സമ്പ്രദായം അനുസരിച്ചിട്ടാണ് വാസ്യം എന്ന് ഭാഷകാരൻ പിരിച്ച അല്ലാതെ സ്വയം എങ്ങനെ ചെയ്തത് വേദം ചൊല്ലുന്നിടത്ത് തന്നെ ഇങ്ങനെ പദങ്ങളെ പിരിച്ച് ചൊല്ലി ശീലിച്ചിട്ടുള്ള ആ ശീലം വെച്ചുകൊണ്ടാണ് ഇവിടെ വാസ്യം എന്ന് വ്യാഖ്യാതാക്കൾ പിരിച്ചിട്ടുള്ളത് നമ്മുടെ ഇന്നുള്ള വേദത്തെ വ്യാഖ്യാനിക്കുന്നവരും അല്ലെങ്കിൽ വീഷം നടത്തുന്നവരും ഒന്നും ഈ സമ്പ്രദായങ്ങളെയോ വേദപാഠ ശൈലികളെയോ ഒന്നും മനസ്സിലാക്കാതെ ഇതിനേക്കെ പിരിക്കുന്നുണ്ട് അവരവരുടെ കൽപ്പന അനുസരിച്ച് ഇങ്ങനെ ആയിക്കൂടെ ഇതനുസരിച്ച് എന്തിന് ഈ സംസ്കൃത ഭാഷയിൽ സാമാന്യമായ പരിചയം പോലും ഇല്ലാത്ത എത്രയോ പേര് ഇതെല്ലാം വ്യാഖ്യാനിച്ചിരിക്കുന്നു ആ വ്യാഖ്യാനങ്ങൾ പഠിച്ച് എത്രയോ ആത്മജ്ഞാനികൾ ഉണ്ടായിരിക്കും അതാണ് അത് സാമാന്യ പര്യം പോലും ഇല്ലാത്തവർ അപ്പോ ആ കാര്യം പോട്ടെ ഇവിടെ ഇപ്പൊ അതല്ല അങ്ങനെയുള്ള എന്തുകൊണ്ട് ഈ ഇങ്ങനെയുള്ള പദങ്ങളിൽ വിദ്വാൻമാരുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിന് സമാധാനം ഞാൻ പറഞ്ഞു അങ്ങനെ സംഭവിക്കാം പലതരത്തിൽ ഇതിന്റെ പദപാഠത്തിൽ തന്നെ വ്യത്യാസങ്ങൾ വരാം പക്ഷെ ആത്യന്തികമായ താല്പര്യത്തിലൂടെ വ്യത്യാസമൊന്നുമില്ല ആവാസ്യം എന്ന് പറഞ്ഞാലും വാസ്യം എന്ന് പറഞ്ഞാലും അതിന്റെ താല്പര്യം ഒന്നായിട്ട് തന്നെ എടുക്കാം താൻ മനസ്സിലാക്കിയിരിക്കുന്ന ആ പദപാഠക്രമം അനുസരിച്ച് ഭാഷഗാനങ്ങളുടെ വാസ്യം എന്ന് എടുക്കും വസ് എന്ന് പറയുന്ന ഒരു ധാതുണ്ട് സംസ്കൃതത്തിൽ വസനിവാസി വസതി വസാമ എന്നൊക്കെ നമ്മൾ പറയുന്നു അതിന്റെ കൂട്ടത്തിൽ ആം എന്ന് പറയുന്ന ഒരു വസ്ത്രം കൂടെ ചേർത്താൽ ആവസം വരും അതാണ് ആവസതി എന്ന് പറയുന്നത് രണ്ടു ഒന്ന് തന്നെ കുറച്ച് വിശേഷമായ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ആ കൂടെ വസിക്കുന്നു എന്ന് പറഞ്ഞാലും ആവസിക്കുന്നു എന്ന് പറഞ്ഞാലും ഒന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ടല്ലോ ആവാസം എന്നു വെച്ചാൽ താമസസ്ഥാനം വസിക്കുന്നു എന്നും മലയാളത്തിൽ പറയാറുണ്ട് താമസിക്കുന്നു അപ്പം രണ്ടു ഒന്ന് തന്നെ ആവസിക്കുന്നു വസധാതുവിന് തന്നെ ആച്ഛാദന എന്ന് പറയുന്നൊരു അർത്ഥം കൂടിയുണ്ട് വസ ആച്ഛാദന ആച്ഛാദനം ചെയ്യുക പൊതിയുക എന്നുള്ള ഇവിടെ ഇപ്പൊ അർത്ഥമാണ് സ്വീകരിച്ചിരിക്കുന്ന ഭാഷകാർ ആഛാദനം ചെയ്യുക എന്ന് പറയുന്ന അർത്ഥം വസ ആഛാദനം വാസ്യം ആഛാദനീയം എന്തുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥത്തെടുത്തു ആത്മജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ഇവിടെ അതിനാണ് പ്രാധാന്യം ഈശാവാസ്യം എന്ന് പറഞ്ഞാൽ ഈശ്വരജ്ഞാനത്താൽ ആച്ഛാദനം ചെയ്യണം എന്നാണ് ഈശ്വരജ്ഞാനം കൊണ്ട് പൊതിയണം എന്നാണ് അത് നല്ലൊരു ഭാവനയാണ് ഈശ്വര ജ്ഞാനം കൊണ്ട് ഇതിനെല്ലാം പൊതിയണം എന്നാണ് ഈശാവാസ്യം ആച്ഛാദനീയം കിം എന്താണ് എന്തിനെ പൊതിയണം എന്തിനാച്ഛാദനം ചെയ്യണം പറയുന്നു ഇതം സർവം മന്ത്രത്തിൽ പറയാണ് ഇതം സർവം മന്ത്രം ശ്രുതി ജീവന്മാരോട് പറയാണ് നിങ്ങൾ ഈശ്വരജ്ഞാനത്തെ കൊണ്ട് സർവത്തെയും പുതിയണം ആഛാദനം ചെയ്യണം മറയ്ക്കണം അദ്വൈതന്റെ ഭാഷയിൽ അത് വിശദീകരിക്കും എന്താണെന്ന് അടുത്ത് പറയുന്നു ഇതം സർവം ജഗത്ത് എന്ന് പറയുന്നതിനർത്ഥം പറഞ്ഞു പൃഥിവി ഈ പൃഥിവിയിൽ ഈ ഭൂമിയിൽ കാരണം നമ്മളുടെ ചുറ്റും കാണുന്നത് നമ്മുടെ അടുത്ത് കാണുന്ന ഭൂമിയാണല്ലോ അതുകൊണ്ട് അതിനാദ്യം പറഞ്ഞു ജഗത് സർവവും തത് സർവം ജഗത്യാം ജഗത്ത് ജഗത്തിൽ ജഗത്ത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നൊരു ശൈലിയാണ് നാടായ നാടല്ല ലോകമായ ലോകമല്ല എന്ന് സർവത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി പറയുന്നതാണ് അതാണ് ശൈലിയാണ് നാടായ നാടല്ല പല സർവനാടുകളും എന്ന് പറയാൻ വേണ്ടി അങ്ങനെ പറയുകയാണ് അതുപോലെ നാമരൂപാത്മകമായി എന്തൊക്കെയുണ്ടോ അത് സർവവും അല്ല പൃഥ്വി എന്ന് ഈ ലോകമാണ് ഈ ഭൂമിയാണ് നമ്മുടെ ചുറ്റുമാണ് അങ്ങനെ ധരിക്കരുത് ലോകം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ പ്രപഞ്ചം എന്നാണ് പച്ചവിസ്താരേ അതിവിപുരമായതെന്നാണ് പ്രപഞ്ച ശബ്ദത്തിന്റെ അർത്ഥം തന്നെ ബ്രഹ്മത്തെ നമുക്ക് പൂർണ്ണമായി അറിയാൻ കഴിയില്ല എന്ന് പറയുന്നത് തന്നെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായും നമ്മുടെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഈ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയൊരു അംശം മാത്രമേ ആവുന്നുള്ളൂ നമ്മുടെ ബുദ്ധി അപാരമായ പ്രപഞ്ചത്തിന്റെ അതിസൂക്ഷ്മമായ ഒരു ചെറിയ അംശമാണ് നമ്മുടെ ബുദ്ധി ആ ബുദ്ധി കൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അത്ര വിപുലമാണ് ഈ പ്രപഞ്ചം അതുപോലെ തന്നെ സ്ഥൂല സൂക്ഷ്മ കാരണ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് സ്ഥൂലമായ പ്രപഞ്ചമാണ് നമ്മുടെ ബാഹ്യമായ അന്വേഷണ നിരീക്ഷണങ്ങൾക്കെല്ലാം നിഗമനങ്ങൾക്കെല്ലാം വിഷയമായിരിക്കുന്നത് ബാഹ്യപ്രപഞ്ചമാണ് അധ്യാത്മശാസ്ത്രത്തിലാണ് ആന്തരിക പ്രപഞ്ചത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് പറയാറില്ലേ പതിനാല് ലോകങ്ങൾ കപ്പൽ ഓടിച്ചു പോയാൽ ഒന്നും കാണാൻ പറ്റത്തില്ല പാൽക്കടലും അതല്ല വീത്തല്ലം രോ ലോകങ്ങളെ കുറിച്ച് പറയുന്നു റോക്കറ്റ് പോയാൽ കാണുന്ന ലോകമല്ല എന്തുകൊണ്ട് ആന്തരികമായ ലോകങ്ങളാണ് സൂക്ഷ്മ ലോകങ്ങളാണ് അതീന്ദ്രിയ പ്രജ്ഞയിൽ ഒരു ജീവന്റെ ആന്തരികമായ അനുഭൂതിയിൽ വെളിപ്പെടുന്ന ലോകങ്ങളാണല്ല അതിനെത്രയോ വിവരങ്ങളാണ് നമ്മള് വാസിഷ്ടം പോലെയൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കുക അതിൽ അത്തരം ലോകങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അതായത് അന്തർമണ്ഡലത്തിൽ നമ്മുടെ അന്തക്കണ്ണത്തിൽ ആണ് ഇതെല്ലാം പ്രകടമാകുന്നത് മനസ്സ് അന്തർമുഖമാകുന്ന പുണ്യവാന്മാരായ ജീവന്മാർക്ക് തന്റെ ഉള്ളിൽ വെളിപ്പെടുന്ന ലോകങ്ങളാണ് ഈ പറയുന്ന പതിനാല് ലോകങ്ങളും മറ്റും മണ്ണ് കുഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ പാതാളം കാണത്തില്ല അതിന്റെ അടിയിൽ ലാവയാണ് അതേ കാണാൻ പറ്റത്തും ഇത് പാതാളം കാണുന്ന ലോകമുണ്ട് അത് ആന്തരിക ലോകങ്ങൾ സൂക്ഷ്മലോകങ്ങൾ അത് വിപുലമാണ് നമ്മൾ പറയാനുള്ളത് ഭൂതപ്രേത വിസാചിത്വം ചണ്ടമുണ്ടന്മാരെല്ലാം താമസിക്കുന്ന ലോകങ്ങളുണ്ട് അതും പുറമെ പോയി നോക്കിയാൽ കാണാൻ പറ്റത്തില്ല സൂക്ഷ്മലോകങ്ങൾ അതീന്ദ്രിയ ലോകങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളെല്ലാതും എന്ന് വെച്ചാൽ ബാഹ്യമായ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല പക്ഷേ അന്തക്കരണത്തിന്റെ സൂക്ഷ്മലോകങ്ങളിൽ അങ്ങനെ ഉള്ള ലോകങ്ങളിൽ സഞ്ചരിക്കുന്ന ജീവന്മാരുണ്ട് അവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് സിദ്ധന്മാർ യക്ഷന്മാർ കിന്നരന്മാർ ഗന്ധർവന്മാർ എന്നൊക്കെ പുരാണങ്ങൾ വർണ്ണിക്കുന്നില്ല അങ്ങനെയുള്ള അവിടെ പറയുന്നില്ലേ നാഗലോകം യക്ഷലോകം മറ്റു ലോകം മരിച്ച ലോകം എന്നൊക്കെ പുരാണങ്ങളിലേതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള അതിവിപുലമായ ആന്തരിക ലോകങ്ങൾ അത് സൂക്ഷ്മലോകം അപ്പോൾ പ്രപഞ്ചമെന്ന് പറയുന്നത് അത്ര വിപുലമാണ് ഇതിനെല്ലാം ആശ്രയമായിരിക്കുന്ന അജ്ഞാനലോകം കാരണലോകം അജ്ഞാനമണ്ഡലം ഇതിനെയെല്ലാം താങ്ങി നിർത്തുന്ന ഈ അതിവിപുലമായ ലോകത്തെ എല്ലാം തുച്ഛമാകുന്നതും വിപുലമാകുന്നു എല്ലാം ആജ്ഞാനമണ്ഡലം അങ്ങനെയുള്ള ഈ രോഗങ്ങൾ സ്ഥൂലസൂക്ഷ്മ കാരണ രൂപത്തിലുള്ള ഈ രോഗങ്ങൾ പ്രപഞ്ചം എന്ന് പറയുന്നതാണ് ഈ ലോകത്തെ സർവേ ഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ് ജഗത്യാം ജഗത് വാസിന്നുള്ള ഗ്രന്ഥം എടുത്ത് വായിച്ചുപോകുക വാസിഷ്ഠനും മറ്റും അങ്ങനെ ആ ലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്നതും ിൽ കണ്ണടച്ച് ധ്യാനിച്ച് ധ്യാനിക്കണം പുണ്യമുണ്ടെങ്കിൽ ആ ലോകങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ പറ്റും അങ്ങനെയുള്ള സർവ്വ ജഗത്തും പൃഥിവ്യാം ഈ ലോകത്തിലുള്ള ആ സർവ്വ ലോകങ്ങളും അത് സർവമെന്താണ് സേന ആത്മന ഐശ്വേന പറയു ഈശാവാസ്യം ഇതം സർവം യജ്ഞിൻ്റെ ജഗത്യ നാടായ നാടെല്ല എന്ന് പറഞ്ഞ ഈ ലോകമെന്നാ എന്താണ് ഈശാവാസ്യം ഈശ്വരജ്ഞാനത്താൽ ഈ ലോകത്തെല്ലാം ആച്ഛാദനം ചെയ്യണം എന്നാണ് ഭാഷ്യം പറയുന്നത് ഈശ്വരജ്ഞാനം കൊണ്ട് ആച്ഛാദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതൊന്നുകൂടി വിശദീകരിക്കുകയാണ് പ്രത്യേകാത്മതയാ ഈശ്വരൻ പ്രത്യേകാത്മാവ് ഈശ്വരൻ എന്ന് പറയുന്നു പ്രത്യേകാത്മതയ പ്രത്യേകാത്മഭാവത്തിൽ തന്റെ യഥാർത്ഥ സ്വരൂപം തന്നെയാണത് അല്ലെങ്കിൽ അത് താൻ തന്നെയാണ് അങ്ങനെ പ്രത്യേകാത്മതയ ഒന്നുകൂടി വിശദീകരിക്കുന്നു അഹമേവ ഇതം സർവം അഹമേവ ഇതം സർവം അങ്ങനെ ഞാൻ തന്നെയാണ് ഇത് സർവ്വു ഞാൻ തന്നെയാണ് ഇത് സർവെന്ന് പറയുമ്പോൾ അത് ഒരു അഹന്തയാകാൻ പാടില്ല അതുകൊണ്ട് പറഞ്ഞ് പ്രത്യേകാത്മതയാണ് താനെന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകാത്മാവിനെ ഗ്രഹിക്കും ഞാനെന്ന് പറയുന്നതിന് ദോഷമില്ല പക്ഷെ ഞാനെന്ന് പറയുമ്പോൾ അവിടെ ഗ്രഹിക്കേണ്ടത് താനെന്ന് പറയുന്ന വ്യക്തിയെ എന്നെ മറിച്ച് ആ പ്രത്യേക ആത്മാവിനെയാണ് പ്രത്യേകാത്മ രൂപത്തിൽ താൻ തന്നെയാണ് ഇതം സർവം നേരത്തെ പറഞ്ഞു ജഗത്യാം ജഗത് നാം രൂപാത്മകമായിരിക്കുന്ന സർവവും താൻ തന്നെയാണ് ഇതി പരമാർത്ഥ സത്യരൂപ ഇതാണ് പരമാർത്ഥം ഇതാണ് സത്യം ആ രൂപത്തിൽ അനർത്ഥം ഇതം സർവം എന്ന് വരുമ്പോ ബാക്കിയുള്ളതെല്ലാം അനർഥമാവും മിഥ്യ ചരാചരം സർവം എന്ന് പറഞ്ഞു ചരാചര രൂപത്തിലുള്ള സർവവും പറഞ്ഞു ആച്ഛാദനീയം സേന പരമാത്മന സർവത്തെയും ആച്ഛാദനം ചെയ്യണം എന്തുകൊണ്ട് എങ്ങനെ താൻ തന്നെയാണ് ഇത് സർവവും എന്നുള്ള ജ്ഞാനമുണ്ട് ജ്ഞാനം എന്നുള്ള വാക്കവിടെ പ്രത്യേകം പറഞ്ഞിട്ടില്ല പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുന്നു പരമാർത്ഥ സത്യസ്വരൂപത്തിലെന്ന് പറഞ്ഞാൽ എന്താണ് പരമാർത്ഥ സത്യജ്ഞാനം കൊണ്ട് താൻ തന്നെയാണ് ഈ കാണുന്ന സർവവും ചരാചരവും എന്നുള്ള ജ്ഞാനം കൊണ്ട് സർവത്തെയും ആച്ഛാദനം ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ വേദാന്തത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പരമാത്മജ്ഞാനം കൊണ്ട് അനർഥബുദ്ധിയെ തിരസ്കരിക്കണം എന്നാണ് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കണം എന്ന് പറയും അത്വേതത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ ബാധ എന്നാണ് സത്യജ്ഞാനം മിഥ്യാജ്ഞാനത്തെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത് രജ്ജുജ്ഞാനം സർപ്പജ്ഞാനത്തെ ബാധിക്കുന്നു എന്നാണ് പറയുന്നു നമുക്കുണ്ടാകുന്ന ഒരു ജ്ഞാനം ഭ്രമമാണെങ്കിൽ ആ ജ്ഞാനം ഇല്ലാതാകുന്നതിന് മറ്റൊരു ജ്ഞാനം യഥാർത്ഥ ജ്ഞാനം ആവശ്യമായി വരുന്നു അപ്പോൾ ആ യഥാർത്ഥ ആ ഭ്രമജ്ഞാനത്തെ ബാധിക്കുന്നു എന്ന് പറയും അങ്ങനെ പറയും അതാണ് ഇവിടെ സംഭവിക്കേണ്ടത് അപ്പോൾ ഈ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തിലുള്ള മിഥ്യാജ്ഞാനങ്ങൾ ആ ജ്ഞാനത്തെ എല്ലാം സത്യജ്ഞാനം കൊണ്ട് സത്യജ്ഞാനം ബാധിക്കണം പരമാത്മജ്ഞാനം അനർഥജ്ഞാനത്തെ തിരസ്കരിക്കുന്നു ഈശാവാസ്യം എന്ന് പറഞ്ഞാൽ അപ്പം അതിന്റെ ആശയം ഇതായി ഭാഷ്യത്തിന്റെ താൻ തന്നെയാണ് സർവവും എന്നുള്ള ജ്ഞാനം കൊണ്ട് ഇന്ന് നിലവിലിരിക്കുന്ന മറ്റു ജ്ഞാനങ്ങളെയെല്ലാം തിരസ്കരിക്കണം ഈ ജ്ഞാനം കൊണ്ട് മറ്റു ജ്ഞാനമെല്ലാം ബാധിക്കപ്പെടണം മറ്റു വിപരീത ജ്ഞാനങ്ങളാണ് നമ്മൾ ഇരിക്കുന്ന ഇപ്പം ഈ ശരീരവുമായി ബന്ധപ്പെട്ട ജ്ഞാനം താൻ ജീവനാണ് എന്ന് ഒരുപാട് ജ്ഞാനങ്ങളുണ്ട് അറിവുകളുണ്ട് ഈ അറിവുകളെല്ലാം ഈ പരമാത്മജ്ഞാനം കൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ പ്രത്യേക ആത്മജ്ഞാനം കൊണ്ട് ഞാൻ സർവാന്തരമായ സർവാധിഷ്ഠാനമായ പരമാത്മാവാണ് എന്നുള്ള ജ്ഞാനം കൊണ്ട് ഇതിനെ തിരസ്കരിക്കണം മറ്റ് ജ്ഞാനങ്ങളെയെല്ലാം ഇല്ലാതാക്കണം എന്നാണ് ഈശ വാസ്യം ഇതം സർവം യത്യഞ്ച് ജഗത്യാ ജഗത് എന്ന് മന്ത്രത്തിന്റെ ഭാഷ്യം അങ്ങനെയാണ് അതിനൊരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് അടുത്ത് യഥ ചന്ദന അഗരുവാർ ഉദഗാതിസംബന്ധജാ ക്ലേദാതിജം ഔപാധികം ദൗർഗന്ധ്യം തത്സ്വരൂപനിഘർഷണേന ആഛാദ്യത്തെ സ്വയന പാരമാർകേന ഗന്ധേന യഥാ ചന്ദന അഗരുവാദേ ചന്ദനം അകരു അഖിൽ അഖിലെന്ന് പറയുന്നത് ചന്ദനവും അഖിലും മറ്റും ഉദഗാദി സംബന്ധം അതിനെ വെള്ളത്തിൽ ഇട്ടിരുന്നു കഴിഞ്ഞാൽ അത് ആദ്യം കിടന്ന് അഴുകും ഒന്നു രണ്ടു ദിവസം വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ അതഴുകി പോവും അതിന്റെ പുറം അഴുകും ക്ലേദാതിജം ക്ലേദം കുതിർന്ന് കുതിർന്നിട്ട് അതിൽ നിന്ന് എന്തുണ്ടാവും ദുർഗന്ധമുണ്ടാവും ഔപാധികം ദുർഗന്ധം ചന്ദനം എന്ന് പറയുന്നത് സുഗന്ധമുള്ള പക്ഷെ വെള്ളത്തിലത് ഒന്നോ രണ്ടോ ദിവസം കിടന്നുകഴിഞ്ഞാൽ ആ തടി അഴുകിയിട്ട് അതിൽ നിന്ന് ദുർഗന്ധമുണ്ടാവും അങ്ങനെ ദുർഗന്ധമുള്ള ഒരു ചന്ദനത്തെ പുറത്തെടുത്തിട്ട് തസ്വരൂപനിഘർഷണേന അതിനെ കല്ലിൽ ഒരയ്ക്കുക വെള്ളത്തിൽ നിന്ന് അഴുകി പുറത്തെടുത്തു കഴിഞ്ഞാൽ അതിന് ദുർഗന്ധമായിരിക്കും ഉണ്ടായിരിക്കും പക്ഷെ അതിനെ പുറത്തെടുത്തിട്ട് ഉരച്ച് കഴിഞ്ഞാൽ തസ്വരൂപനിഘർഷണേന അത് ഉരയ്ക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു ആച്ഛാദ്യതേ അതിൽ നിന്ന് സുഗന്ധം ഉണ്ടാവും കാരണം അതിൻ്റെ പുറത്തിരിക്കുന്ന അഴുകിയ ഭാഗങ്ങളെല്ലാം അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ കാതൽ ഉരച്ച് വീണ്ടും അതിൽ സുഗന്ധമായിരിക്കും ഉണ്ടാവും കാതൽ ഉരയ്ക്കുമ്പോൾ ആ സുഗന്ധം എന്തു അതുവരെ അവിടെ വ്യാപിച്ചിരുന്ന ദുർഗന്ധത്തെ തിരസ്കരിക്കുന്നു ബാധിക്കുന്നു എന്ന് പറയും ആച്ഛാദ്യതെന്ന് പറയുന്ന അതാണ് അവിടെ ഈശ്വരീയ ജ്ഞാനം കൊണ്ട് അനിർദ്ധജ്ഞാനത്തെ ആച്ഛാദനം ചെയ്യണമെന്ന് പറഞ്ഞ് ഈ രീതി മനസ്സിലാക്കണമെന്നാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തം പറയുന്നത് അഴുകിയ ചന്ദനത്തിൽ നിന്നും ഉണ്ടാകുന്ന ദുർഗന്ധത്തെ അതേ ചന്ദനത്തെ തന്നെ ഉരസി അതിൻ്റെ കാതന്നെ ഉരസി അതിൽ നിന്നുണ്ടാകുന്ന സുഗന്ധം എങ്ങനെയാണോ ഇല്ലാതാക്കുന്നത് ദുർഗന്ധമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത് സുഗന്ധത്തെ അവിടെ വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ദുർഗന്ധം ഇല്ലാതാകുന്നു അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ അനർത്ഥ ജ്ഞാനമാകുന്ന ദുർഗന്ധം ഈ ജീവന്റെ അന്ധകരണത്തിന് വ്യാപിച്ചിരിക്കുകയാണ് അതൊരു ദുർഗന്ധമാണ് മിഥ്യാജ്ഞാനമാണ് ശോകമോഹാദികൾക്കെല്ലാം കാരണമായിരിക്കുന്ന ഈ ശരീരജ്ഞാനം ഉൾപ്പെടെയുള്ള മിഥ്യാജ്ഞാനം അതൊരു ദുർഗന്ധമാണ് ഇതിനെന്താണ് നിഘർഷണം ചെയ്യണം തന്റെ തന്നെ ഉള്ള് ചന്ദനത്തിന്റെ കാതലിനെ വരയ്ക്കണം അതുപോലെ ഇവിടെ എന്താണ് ഉപനിഷത് മന്ത്രത്തിന്റെ ശ്രവണ മനന നിര്ധ്യാസനം എന്ന് പറയുന്ന ഈ പ്രക്രിയയിലൂടെ തന്റെ തന്നെ ഉള്ളിനെ നിഘർഷണം ചെയ്തു കഴിഞ്ഞാൽ ഉരസിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സുഗന്ധം വ്യാപിക്കും അതായത് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവും ആ യഥാർത്ഥ ജ്ഞാനം എന്ത് ചെയ്യുന്നു മുമ്പുണ്ടായിരുന്ന ആനൃതജ്ഞാനത്തെ ബാധിക്കും തിരസ്കരിക്കും ഇല്ലാതാക്കുന്നു അവിടെ യഥാർത്ഥ ജ്ഞാനം വ്യാപിക്കുന്നു എന്ന് വളരെ മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ് ആച്ഛാദ്യ അതാണ് ഇവിടെ ആച്ഛാദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂടുക എന്ന് പറഞ്ഞാൽ അതാണ് മൂടണമെങ്കിൽ മറ്റൊന്ന് വേണമല്ലോ അപ്പൊ പരമാത്മജ്ഞാനം മറ്റൊരു ജ്ഞാനത്തെ മൂടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ആ ജ്ഞാനത്തെ നമ്മുടെ അന്ധകരണത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു മാറ്റിയാണ് ഇവിടെ മൂടുക എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വസ് ആച്ഛാദന എന്ന് പറയുന്ന അർത്ഥത്തെടുത്ത് ഭാഷകാരം വ്യാഖ്യാനം ചെയ്യുന്നതിന് പരമാത്മ തത്വം എന്നുള്ളതിനല്ല പരമാത്മജ്ഞാനം എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അസ എന്നുള്ള ധാത്തുവർത്ഥത്തിന് എടുത്താണ് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അവിടെ പരമാത്മ തത്വം അതിന് പ്രാധാന്യം വേണം രണ്ടായിരം കുഴപ്പമില്ല പക്ഷെ ഇവിടെ ഈ സന്ദർഭത്തിൽ എന്താണ് അനർത്ഥബുദ്ധിയെ തിരസ്കരിക്കാതാണ് അതിന് സത്യബുദ്ധി വേണം അപ്പം ആ സത്യബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ആച്ഛാദിനെ നർക്കം വരുന്ന ധാതുവിനെ എടുത്ത് വ്യാഖ്യാനിച്ചു അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനമായാലും അദ്വൈത വിചാരത്തിന് തടസ്സമൊന്നുമില്ല ശരിയായ ഈശ്വര ബോധത്തിനും തടസ്സമില്ല രണ്ടു ആവം സേന പരമാത്മന ആ പരമാത്മ ജ്ഞാനം കൊണ്ട് എന്തു ചെയ്യുന്നു തസ്വരൂപ നിഘർഷണേന ആ സ്വരൂപത്തെ അതിന്റെ കാതലിനെ ഉരച്ചിട്ട് എന്ത് ചെയ്യുന്നു ആച്ഛാദ്യ ആ ദുർഗന്ധത്തെ ആച്ഛാദനം ചെയ്യുന്നു ബാധിക്കുന്നു സേന പാരമാർത്ഥികേന ഗന്ധേന ചന്ദനത്തിന്റെ പാരമാർത്ഥികമായ ഗന്ധം യഥാർത്ഥത്തിലുള്ള ഗന്ധം എന്താണ് സുഗന്ധമോ പിന്നെ നേരത്തെ ഉണ്ടായ ഗന്ധമോ ദുർഗന്ധമോ എന്നാണ് പറഞ്ഞത് ക്ലേ ക്ലേദാധിജം ഔപാധികം ക്ലേദം ഈർപ്പം ആ ഈർപ്പം കൊണ്ടുണ്ടായത് നനവുകൊണ്ടുണ്ടായതാണ് എന്താ ഔപാധികം നനവെന്ന് പറയുന്ന ഒരു ഉപാധിയാണ് ഉപാധികൊണ്ടുണ്ടായതാണ് ദുർഗന്ധം ആ ദുർഗന്ധത്തെ പാടെ ഇല്ലാതാക്കി അതിൽ നിന്ന് തന്നെ വന്ന സുഗന്ധം അപ്പൊ അതിൽ നിന്ന് നമുക്ക് വേറെ കാര്യം മനസ്സിലാക്കാം ഒരു ഉപമ ഒരു ദിഷ്ഠെന്നും പറയുമ്പോൾ അതിന് സമാനതയുള്ള ആശയങ്ങളെ ഗ്രഹിക്കാവും നമ്മുടെ തത്വബോധത്തിന് വിപരീതമായി എന്തെങ്കിലും ആശയത്തെ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഓമയെ ദൃഷ്ടാന്തത്തെ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നു സമാനമായ ആശയങ്ങളെ ഗ്രഹിക്കണം സിദ്ധാന്തത്തിനോട് യോജിക്കുന്ന ആശയങ്ങളെ അതിൽ നിന്ന് ഗ്രഹിക്കണം അങ്ങനെയുള്ള പല ആശയങ്ങളെയും ഗ്രഹിക്കണം കാരണം ഈ പരമാത്മാവിൽ നിന്ന് തന്നെയാണ് ഈ വിപരീതം ഞാൻ ഉണ്ടായിരിക്കുന്നത് അതും ഇതിൽ നിന്ന് ചന്ദനത്തിൽ നിന്ന് തന്നെയാണ് ദുർഗന്ധം ഉണ്ടായത് മറ്റൊന്നിൽ നിന്നും പക്ഷെ വെറും ചന്ദനത്തിൽ നിന്നല്ല പരിശുദ്ധമായ പരമാത്മാവിൽ നിന്നല്ല ഈ അനർത്ഥബോധം ഉണ്ടായിരുന്നു മിഥ്യാബോധം ഉണ്ടായിരിക്കുന്നു പിന്നെയോ അവിടെ ജലം ചന്ദനത്തിനോട് ചേർന്ന് ജലസമ്പർക്കം അതാണ് ഉപാധി ഔപാധികം എന്ന് പറഞ്ഞാൽ ഉപാധിയിൽ നിന്നും ഉണ്ടായത് അപ്പം ഔപാധികമാണ് ദുർഗന്ധം അതുപോലെ ഇവിടെ എന്താണ് അജ്ഞാനമാകുന്ന ഉപാധി അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന മായ മായാശക്തിയാകുന്ന ഉപാധി നേരത്തെ പറഞ്ഞിട്ടുള്ള സ്വാഭാവികം അനാദിയായിരിക്കുന്ന ആജ്ഞാനം അല്ലെങ്കിൽ മായയാകുന്ന ഉപാധി ആ ഉപാധി കൊണ്ടാണ് ഇവിടെ പരമാത്മാവിൽ അനർത്ഥബുദ്ധി ഉണ്ടായത് ജീവഭാവം ഉണ്ടായത് സംസാര ബന്ധം ഉണ്ടായത് ശോകമോഹാതി ക്ലേശങ്ങളെല്ലാം ഉണ്ടായത് അതിന് കാരണം അജ്ഞാനം അല്ലെങ്കിൽ മായയാണ് പക്ഷെ അതിനെ ഇല്ലാതാക്കാം ഈ ഔപാഹികമായ ദുർഗന്ധത്തെ ഇല്ലാതാക്കാം ഈ ദുർഗന്ധമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംസാരക്ലേശങ്ങളെല്ലാം ഈ ദുർഗന്ധമാണ് എങ്ങനെ സ്വരൂപനിഘർഷണേനർ ആ ചന്ദനത്തിന്റെ പുറത്തിരിക്കുന്ന അഴുക്കുകൾ നീക്കിക്കളയാൻ വേണ്ടി അതിനെ വീണ്ടും കല്ലിൽ ഒരയ്ക്കുക ആ ഉരയ്ക്കും അതിന്റെ കാതൽ ഒരച്ചെടുക്കും അപ്പോ നമ്മുടെ അന്ധകരണത്തെ തന്നെ ഈ മായാശക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി അതിനെ സൂക്ഷ്മമായി അന്തരാത്മാവിലേക്ക് ഇതിനെ ഉരയ്ക്കണം കർഷണം ചെയ്യണം ഇതിന് വേറെ അരണി കടയുന്ന ദൃഷ്ടാന്തം പറയും വേദങ്ങളിൽ തന്നെ അരണി കടഞ്ഞെങ്ങനെയാണോ അതിൽ നിന്ന് അഗ്നി ഉണ്ടാക്കണം അഗ്നി ഉണ്ടാക്കി പ്രകാശത്തെ ഉണ്ടാക്കണം അരണി കടഞ്ഞ അഗ്നിയെ ജ്വലിപ്പിക്കുന്നതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു ഇവിടെ ഉപയോഗിക്കുന്ന എന്താണോ ഈശാവാസ ഇതം സർവം തുടങ്ങി ഉപനിഷത്ത് മന്ത്രങ്ങൾ വൈദിക മന്ത്രങ്ങൾ ഈ മന്ത്രങ്ങൾ കൊണ്ട് നിഘർഷണം ചെയ്യണം തന്റെ അന്ധകരണത്തെ തന്നെ അങ്ങനെ ഉരസിരസി ഇതിനുള്ള ഇതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തണം അത് സ്വയം പ്രകടമാകും ചന്ദനത്തിൽ തന്നെ ഉണ്ടായിരുന്നു സുഗന്ധം അത് പ്രകടമായില്ലെന്നേ ഉള്ളൂ ദുർഗന്ധം പുറമേ അനുഭവപ്പെട്ടപ്പോഴും ഉള്ളിൽ സുഗന്ധമായിരുന്നു അതുപോലെ ഈ സംസാരബന്ധം ക്ലേശങ്ങൾ പുറമേ അനുഭവപ്പെടുമ്പോഴും ഉള്ളിൽ ക്ലേശരഹിതമായ ആനന്ദ സ്വരൂപമാണ് അതിന് ശ്രവണമനനങ്ങളാകുന്ന ഒരസ അതാണ് ഒരസൽ മന്ത്രത്തെ കൊണ്ട് ഈശാവാസ്യം തുടങ്ങി ഈ മന്ത്രങ്ങളെ ശ്രവണമനനങ്ങളാകുന്ന ഒരസല കൊണ്ട് ഈ ഉള്ളിലിരിക്കുന്ന തന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു അതാണ് ഇവിടുത്തെ സുഗന്ധം സ്വരൂപ പ്രകാശം സ്വരൂപം വെളിപ്പെടുന്നു തന്റെ യഥാർത്ഥ സ്വരൂപം സത്യമായ ആനന്ദമായ ജ്ഞാനസ്വരൂപം അതിനെ വെളിപ്പെടുത്തുന്നു അതിനുള്ള ഉപായമാണ് ഇവിടെ ഉരസലിന് പകരമാണ് ഇവിടെ ഈ ശ്രവണ മരണങ്ങൾ അങ്ങനെ വെളിപ്പെടുമ്പോൾ ആ സ്വരൂപ പ്രകാശത്തിനെത്തിയുന്നു ഈ അനർത്ഥ ബുദ്ധികളെല്ലാം ബാധിക്കപ്പെടുന്നു ഇല്ലാതാകും നിശേഷം ഇല്ലാതാകും എന്ന് ഉള്ള ആശയത്തെ ഈ സ്വരൂപത്തിൽ നിന്ന് വളരെ മനോഹരമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഭാഷ്യകാരൻ അനുസ്വേന പാരമാർത്ഥികേന ഗന്ധേന തന്റെ പരമാർത്ഥഗന്ധം കൊണ്ട് തന്റെ പരമാർത്ഥ ജ്ഞാനം കൊണ്ട് ഈ അന്നതജ ജ്ഞാനത്തെ ഇല്ലാതാക്കണം എന്നാണ് തദ്ദേവ അത് തന്നെ ഉദാഹരണത്തിൽ വിശദീകരിക്കുന്നു ഈ സ്വാഗ്മനി അധ്യസ്ഥം സ്വാഭാവികം കർത്തൃത്വ ഭോക്തൃത്വാദി ലക്ഷണം ജഗത് ദ്വൈതരൂപം ജഗത്യാം പൃഥിവ്യാം ജഗത്യാമിതി ഉപലക്ഷണാർത്ഥത്വാം സർവമേവ നാമരൂപ കർമാഖ്യം വികാരജാതം പരമാർത്ഥ സത്യാത്മഭാവനയാ തൃക്തം സാ അടുത്തു വരുന്ന എന്താണ് തെക്കേന ഭുജീധാ എന്താണ് ഇവിടുത്തെ ത്യാഗം എന്നാണ് പറയുന്നത് അടുത്ത് തദ്വദേവ എങ്ങനെയാണോ ചന്ദനത്തെ പൂരച്ച് അതിന്റെ സുഗന്ധം കൊണ്ട് അതിൽ നിന്നുണ്ടായ ദുർഗന്ധത്തെ ഇല്ലാതാക്കിയത് അതുപോലെ തദ്വദേവ അതുപോലെ തന്നെ ഹി സ്വാത്മനിൽ ആരോപിക്കപ്പെട്ടതായ തന്നിൽ തന്നെ കൽപ്പിച്ചിരിക്കുന്ന സ്വാഭാവികം എന്താണ് സ്വാഭാവികം എന്ന് പറഞ്ഞാൽ അർത്ഥം അനാദി സ്വാഭാവികം കാരണം സ്വാഭാവികം എന്ന് പറയുന്നതിന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നത് സ്വതേ ഉള്ളത് സത്യമായിട്ടുള്ളതെന്നുള്ള ഒരർത്ഥമാണ് വരുന്നത് ഇവിടെ അതല്ല അനാദിയായിരിക്കുന്ന അനാദിയായി തന്നെ കല്പിക്കപ്പെട്ടിരിക്കുന്ന എന്താണ് കർത്തൃത്വഭോക്തൃത്വ ലക്ഷണം കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയ ലക്ഷണം തുടങ്ങിയ രൂപത്തിലുള്ള ലക്ഷണം എന്ന് പറയുന്നതിന് ഞാൻ അർത്ഥം പറഞ്ഞിട്ടുണ്ട് പഴയ മൂന്ന് ക്ലാസ്സുകളുടെ ലക്ഷണം ഓർമയുണ്ടാ ലക്ഷണം എന്ന് പറയുന്നതിന് എന്തര്ത്ഥം പറഞ്ഞു പലതവണ വന്നിട്ടുള്ളതാണ് അതും ഒരു നാലഞ്ച് തവണ പറഞ്ഞില്ല എന്താണ് ലക്ഷണം എന്ന് പറയുന്ന ശബ്ദത്തിന് അർത്ഥം പറഞ്ഞു എന്താണ് ആരെങ്കിലും പറയൂ കഴിഞ്ഞ ക്ലാസ്സിന് മാത്രല്ല ഞാൻ ഇപ്പൊ പറഞ്ഞു ഏതാനും നിമിഷം മുമ്പും പറഞ്ഞു ലക്ഷണം എന്നുള്ള ശബ്ദം പറഞ്ഞ എന്റെ അർത്ഥവും പറഞ്ഞു ശരി ഇപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോട്ടെ മുമ്പ് പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താണ് ലക്ഷണം എന്ന് പറയുന്ന ശബ്ദത്തിന് അർത്ഥം പറഞ്ഞു എന്താണ് അർത്ഥെങ്കിലും ഓർമ്മയുണ്ട് സ്വരൂപം ശരിയാണ് സ്വരൂപം അതിന് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്നതെന്ന് പറയുന്നത് മലയാളത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഏതെങ്കിലും അവിടുത്തെ വായിച്ചു നോക്കുക സ്വാഭാവികം എന്ന് പറഞ്ഞാൽ മലയാളത്തിന് എഴുതിയിരിക്കും സ്വാഭാവികം Sansra has <laughs> given us <laughs> coach in Malayalam. schöne hyactic. Glitching. The acompanh possible of Malayalam blades in Malayalam Because there is a sign in Malayalam. He does not know what of this branch to be. From that standpoint he says, it is knowledge of Malayalam models. A Quallya you Viyaạc happens to be in അവിടെ ലക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അർത്ഥം വ്യക്തമായി തന്നെ കൊടുത്തിരിക്കും ഭാഷയത്തിന്റെ വ്യാഖ്യാനങ്ങൾ അവിടെ ലക്ഷണമെന്നല്ല ലക്ഷണമെന്നുള്ള പദത്തിന്റെ അനുവർത്തിക്കുക ആവർത്തിക്കുകയല്ല ചെയ്യുന്നത് അവിടെ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കത്തക്കാരണം ഓരോ പദത്തിനും ഓരോ ദർശനത്തിനും ഓരോ സന്ദർഭത്തിനുമൊക്കെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെ കൊടുക്കും മലയാള വ്യാഖ്യാനങ്ങൾ മാത്രം അങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ല കാരണം ഈ പദങ്ങൾ മലയാളത്തിൽ വേറെ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വ്യാഖ്യാതാക്കളും അതുതന്നെ ധരിച്ചിരിക്കുക അർത്ഥം തന്നെയായിരിക്കും ഇവിടെയും ധരിച്ചു അവിടെ സന്ദർഭം അതിന് ഞാൻ പറഞ്ഞത് ദർശനത്തിന് മാറി സന്ദർഭമനുസരിച്ച് അർത്ഥം മാറുമെന്ന് പറഞ്ഞു അവിടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അടയാളം ലക്ഷണമെന്ന് പറയുന്നത് ഇവിടെ ലക്ഷണം എന്ന് പറഞ്ഞ സ്വരൂപം ലക്ഷണത്തിന് അങ്ങനെയുണ്ട് അടയാളം എന്നുള്ള അർത്ഥമുണ്ട് ലക്ഷണത്തിൽ ഇവിടെ പറയുമ്പോൾ അതിന്റെ സ്വരൂപമൊന്നാണ് വ്യത്യാസം മനസ്സിലാകുന്നു അതാണ് ദർശനം അനുസരിച്ചും സന്ദർഭം അനുസരിച്ചും ശബ്ദങ്ങളുടെ അർത്ഥം വ്യത്യാസം നമ്മൾ അദ്വൈത ശാസ്ത്രം പഠിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന ആർത്ഥത്തെ തന്നെ മനസ്സിലാക്കും അതിന് വേണ്ടിയിട്ടാണ് അത് ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ ഞാനീ പറയുന്ന അർത്ഥവും ആകാശത്തു നിന്ന് പൊട്ടി വീണതോ എനിക്ക് എന്തെങ്കിലും വെളിപാടുണ്ടായോ പറയുന്നതാണ് എന്ന് തിരിച്ചടയത് ഇത് ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ ഇതിൻ്റെ സാമ്പ്രദായികമായിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ ആചാര്യന്മാർ എഴുതി അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നവർ പഠിപ്പിച്ചിട്ടുള്ള വ്യാഖ്യാനമാണ് അതാണ് കർത്തൃത്വഭോക്തൃത്വദ്യലക്ഷണം അതൊന്നും വായിക്കാൻ മെനക്കെടാതെയാണ് ആൾക്കാർ വ്യാഖ്യാനങ്ങൾ എഴുതുന്നത് അതൊക്കെ ക്ലേസിക്കുന്ന ആരോ ഇതിനൊക്കെ അതിനൊക്കെ വായിക്കണമെങ്കിൽ ബുദ്ധിമുട്ടണം ഭാഷ്യത്തിന് തന്നെ ശങ്കരഭാഷ്യത്തിന് പ്രസിദ്ധമാണ് ആനന്ദഗിരി ടീഗ ഇതിന്റെ ഓരോ പദങ്ങൾക്കും അർത്ഥം അത് കൂടാതെയുണ്ട് എന്നാലും പ്രധാനമായിട്ട് പ്രചാരത്തിലുണ്ട് ഇപ്പോൾ ഭാഷ്യം ആനന്ദഗിരി ടി വിയോടുകൂടി വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന സാങ്കേതിക അർത്ഥങ്ങളിലും അത് വിശദീകരിക്കുന്നുണ്ട് ഒരു ഉദാഹരണമായിട്ടൊരു വ്യാഖ്യാനത്തിന്റെ പേരും അതുപോലുള്ള നല്ല വ്യാഖ്യാനങ്ങളുണ്ട് അത്തരം വ്യാഖ്യാനങ്ങളുടെ സഹായത്തോടുകൂടി നമ്മൾ ഭാഷയും മനസ്സിലാകണം എന്നാണ് മനസ്സിലാകണം അല്ല ഇനി ഭാഷാന്തരം ചെയ്തിട്ടുള്ള വായിക്കണമെന്നുണ്ടെങ്കിൽ ഹിന്ദി ഭാഷയിലുള്ള വ്യാഖ്യാനങ്ങൾ വായിക്കും ഹിന്ദി അറിയാവുന്നവർക്ക് കാരണം അതിന് വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത് അറിവുള്ളവരാണ് മിക്കവാറും നല്ല വ്യാഖ്യാനങ്ങളാണ് ഹിന്ദി ഭാഷയിലുള്ളത് അത് ഹിന്ദി ഭാഷ അറിയാവുന്നവർക്കേ പറ്റും മലയാളത്തെ ആശ്രയിക്കുന്നത് പലപ്പോഴും നമുക്ക് ഇതേപോലെയുള്ള ചില പ്രത്യേക സ്ഥലങ്ങൾ അർത്ഥ നിഷ്കർഷത കിട്ടത്തില്ല അങ്ങനൊരു കുഴപ്പമുണ്ട് ഇവിടെ പറയുന്ന എന്താണ് കർത്തൃത്വ ഭോക്തൃത്വ ആദ്യ ലക്ഷണം ജഗത് എങ്ങനെയാണോ ദുർഗന്ധത്തെ ഇല്ലാതാക്കുന്ന അതുപോലെ സ്വാത്മാവിൽ തന്നിൽ അതിനെ ശ്രദ്ധിക്കുക ഓരോ പദത്തിന്റെയും ആ വ്യക്തമായ അർത്ഥത്തെ മനസ്സിവെച്ചുകൊണ്ട് സ്വാത്മാവിൽ എന്ന് വെച്ചാൽ തന്റെ തന്നെ സ്വരൂപത്തിൽ തന്റെ തന്റെ സ്വരൂപത്തിൽ അധ്യസ്ഥം ആരോപിതം ആരോപിക്കപ്പെട്ട കൽപ്പിക്കപ്പെട്ട സ്വാഭാവികം അനാദിയായിരിക്കുന്ന കർത്തൃത്വ ഭോക്തൃത്വാദി ലക്ഷണം കർത്തൃത്വം ഭോക്തൃത്വം ഈ അതിന്റെ രൂപമാണ് എന്താണ് ഈ ജഗത്തെന്ന് പറയുന്നത് കർത്തൃത്വവും ഭോക്തൃത്വവും തന്നെയാണ് ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവനാണ് ഞാൻ കർമ്മം ചെയ്യുന്നവനാണ് ഞാൻ അതിന്റെ ഫലം അനുഭവിക്കുന്നവനാണ് എന്നുള്ള നമ്മുടെ ആ ഭാവനകളുണ്ടല്ലോ അതാണ് സംസാരം ജഗത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ജഗത്ത് എന്ന് പറയുന്നത് നമ്മൾ പുറമേ കാണുന്ന കല്ലും മണ്ണും വായുവും അഗ്നിയും മാത്രമല്ല ഇവിടെ ജഗത്തെന്ന് വേദാന്തത്തിൽ പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭാവനകൾ കൂടി ജഗത്താണ് ഉള്ളിൽ വരെ ലോകങ്ങളുണ്ട് അത്രത്തോളം വേണ്ട നമ്മുടെ ഉള്ളിൽ വരുന്ന ഭാവനകൾ കൂടി ഈ പ്രപഞ്ചമാണ് എങ്ങനെയുള്ള ഭാവനകൾ ഞാൻ പ്രവർത്തിക്കുന്നവനാണ് ഞാൻ എൻ്റെ ഫലത്തെ അനുഭവിക്കുന്നവനാണ് ഇങ്ങനെയുള്ള ഈ ഭാവനകളെല്ലാം ജഗത്താണ് ദ്വൈതരൂപം ഇതിനെയാണ് ദ്വൈതമെന്ന് പറയുന്നത് അങ്ങനെയുള്ള ജഗത് ജഗത്യാം പൃഥ്വിയിൽ ഈ ലോകത്തിൽ ജഗത്യാമിതി ഉപലക്ഷണാർത്ഥത്വമാണ് ജഗത്യാം എന്ന് പറയുന്നത് ഉപലക്ഷണത്തിന് വേണ്ടി പറഞ്ഞാണ് എന്താണ് ഉപലക്ഷണമെന്ന് പറയുന്നത് ബ്രഹ്മസൂത്രത്തിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നില്ല എന്താണ് ഉപലക്ഷണം സ്വബോധകത്വ സതി സ്വതര ബോധകത്വം എന്ന് പറയും വേദാന്തിയുടെ ഭാഷയിൽ ഉപലക്ഷണമായൊരു പദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ പ്രധാനമായ അർത്ഥത്തെയും ബോധിപ്പിക്കും മറ്റ് പലതിനെയും ബോധിപ്പിക്കും ഒരു ശബ്ദം ഒരു ഒന്നിനെ ബോധിപ്പിക്കുകയും അതോടൊപ്പം മറ്റു പലതിനെയും ബോധിപ്പിക്കുകയും ചെയ്താൽ ആ ശബ്ദത്തെ ഉപലക്ഷണമായി പ്രയോഗിച്ചിരിക്കുന്നു എന്ന് പറയാം ജഗത്ത് എന്ന് പറയുന്ന ഈ ശബ്ദം പൃഥിവി എന്ന് പറയുന്നതിന്റെ അർത്ഥത്തെയും ബോധിപ്പിക്കുന്നുണ്ട് അതല്ലാതെ വേറെ പലതിനെയും ബോധിപ്പിക്കുന്നുണ്ട് കാരണം ലോകമെന്ന് പറഞ്ഞാൽ ഭൂമി മാത്രമല്ല സൂര്യനും ചന്ദ്രനും എല്ലാം ഉൾപ്പെട്ട ഈ സൗരയൂഥം അതുമല്ല അതിനപ്പുറമുള്ള ആകാശഗംഗ അതുമല്ല നമ്മൾ കാണാത്തതും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായ ലോകങ്ങളെല്ലാം നേരത്തെ ഉള്ള പതിനാല് ലോകവും നാമരൂപങ്ങൾ സർവവും എന്ന് പറയാം അപ്പൊ ഇതിനെല്ലാത്തിനും എഴുതാൻ വേണ്ടിയിട്ട് ജഗത്ത് എന്ന് പറയുന്ന ശബ്ദം ഉപലക്ഷണമായി പ്രയോഗിച്ചിരിക്കുകയാണ് അതിന്റെ വാച്യാർത്ഥത്തെ മാത്രം എടുത്താൽ പോരാ സ്വബോധകത്വ സതി സ്വേതരബോധകത്വം ഇനി ഞാൻ ചോദിക്കും ഇനി ചോദിക്കുമ്പോൾ ഞാൻ വിരള് ചൂണ്ടി ചോദിക്കും ഇന്ന ആള് പറയണോ അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ സമാനം പറയുന്നത് കൊണ്ട് എപ്പോഴും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്റെ ചോദ്യത്തിനൊക്കെ ഇപ്പോൾ ഒരാൾ മാത്രമേ സമാനം പറയുന്നുള്ളൂ അത് ശരിയാകത്തില്ല ഉപലക്ഷണാർത്ഥത്വ അത് ഉപലക്ഷണത്തിന് വേണ്ടിയാണ് ചിലപ്പോൾ ആള് കുറഞ്ഞെന്നിരിക്കുന്ന സാരമില്ല എന്നാലും ചോദ്യം വരും ഉപലക്ഷണാർത്ഥത്വം അത് ഉപലക്ഷണത്തിന് വേണ്ടിയാണ് മനസ്സിലാക്കണം ഉപലക്ഷണാർത്ഥത്വ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് വേണ്ടി എന്ന് മലയാളത്തിൽ ഉപലക്ഷണാർത്ഥം അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അർത്ഥം വാക്കിന്റെ അർത്ഥം എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥശബ്ദത്തിന് മലയാളത്തിൽ പറയേണ്ട അർത്ഥം വേണ്ടി വേണ്ടി എന്ന് പറയാറുണ്ടോ പറയുന്നത് ഭക്ഷണാർത്ഥം ഭക്ഷണാർത്ഥം അന്നം ഭക്ഷണാർത്ഥം എന്ന് വെച്ചാൽ വേണ്ടി പാനാർത്ഥം ജലം പാനം പാനാർത്ഥം എന്ന് വെച്ചാൽ കുടിക്കുന്നതിന് വേണ്ടി അർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ വേണ്ടി എന്നാണ് ഉപലക്ഷണാർത്ഥത്വം അത് ഉപലക്ഷണത്തിന് വേണ്ടിയാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഉപലക്ഷണമായി പ്രയോഗിച്ചിരിക്കുകയാണ് ഉപലക്ഷണം എന്ന് പറയുന്ന ആ എടുക്കണം എന്നും വ്യാഖ്യാനിക്കാം അങ്ങനെ ഈ ഭാവം തന്നെ വ്യാഖ്യാനിക്കാൻ കുഴപ്പമില്ല അപ്പൊ ഇത് ഉപലക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് സർവമേവ നാമരൂപകർമാഖ്യം വികാര ജാതം അതുകൊണ്ട് നാമരൂപകർമ്മം എന്ന് പറയപ്പെടുന്നതായ ആഖ്യ പേര് ആഖ്യ എന്നുവച്ച പേരെന്നാണ് രാമാഖ്യ എന്ന് പറഞ്ഞ രാമൻ എന്നു പേരുള്ള എന്നാണ് കൃഷ്ണാഖ്യ കൃഷ്ണൻ എന്നു പേരുള്ള നാമരൂപകർമാഖ്യം രാമൻ എന്ന് പറയപ്പെടുന്നവൻ രാമാഖ്യൻ എന്ന് പറയാം അതുപോലെ നാമരൂപകർമ്മങ്ങൾ എന്ന് പറയപ്പെടുന്ന വികാരജാതം വികാരം എന്നു വെച്ചാൽ കാര്യം ജാതം എന്ന് പറഞ്ഞ സമൂഹം കാര്യസമൂഹം ജാതം എന്ന് പറഞ്ഞാൽ ജനിച്ചത് അർത്ഥത്തിൽ പറയും ജനിച്ചത് പക്ഷെ ഇവിടെ ജാതം എന്ന് പറഞ്ഞാൽ എന്താണ് സമൂഹം എന്നാണ് വികാര ജാതം സർവവികാരങ്ങളും എന്നുള്ള അർത്ഥം സർവവും പരമാർത്ഥ സത്യ ആത്മഭാവനയാ തൃക്തം സ്യാദ് പരമാർത്ഥ സത്യ ആത്മഭാവനയിലൂടെ തൃക്തം സ്യാദ് തിരിക്കപ്പെടുന്നു ഇവിടെ അടുത്ത് പറയുന്നുണ്ടല്ലോ തേന തെക്തേന ഭുജീത തെക്കേന എന്ന് ഭാഷയാരൻ്റെ അർത്ഥം പറയും അടുത്ത് പറയാൻ പോകുന്ന ആ അർത്ഥത്തിന്റെ ഇവിടെ തെക്കം എന്ന് പറഞ്ഞത് തെക്തേന ഭുജീത ത്യാഗേന ഭുജീത പാലയേത എന്നടുത്ത് അർത്ഥം പറയും തെക്തേന എന്ന് പറയുന്നതിന് തെക്കതേനഭം ചെയ്ത അതിനിങ്ങനെ അർത്ഥം പറഞ്ഞ് മലയാളത്തിൽ പ്രസംഗിച്ചത് കേട്ടിട്ടാണ് ത്യജിച്ചിട്ട് ഭുതിക്കുക എന്നും ത്യജിച്ചിട്ട് ഭുതിക്കുക എന്ന് വെച്ചാൽ ഛർദിച്ചിട്ട് ഭക്ഷിക്കുക എന്നാണ് നമ്മൾ ആരാണെങ്കിലും അങ്ങനെ ഉപദേശിക്കാറുണ്ട ഭക്ഷണം നല്ലവണ്ണം കഴിക്കണം പിന്നെ അതിന് ഛർദ്ദിച്ചിട്ട് ഒരുക്കിവിടെ കഴിയും അങ്ങനെ ശരിയായിട്ടുള്ള ഭക്ഷണം അരി എന്ന് ഉപദേശിക്കാറുണ്ട് അങ്ങനെ ഉപദേശിച്ച് ആരെങ്കിലും കേൾക്കാറുണ്ടോ അനുസരിക്കാറുണ്ടോ ഇല്ല പക്ഷെ ഇവിടെ അങ്ങനെ വ്യാഖ്യാനിക്കും മലയാളത്തിൽ അങ്ങനെ വ്യാഖ്യാനിച്ച് കണ്ടിട്ടു തെക്തേനാ ത്യജിച്ചിട്ട് തെക്തേന എന്ന് പറയുന്ന എന്നുള്ള അർത്ഥം ഇല്ല കിട്ടത്തിട്ട് തേജിച്ചിട്ടെന്നുള്ള അർത്ഥം കിട്ടണമെങ്കിൽ തെക്ക് എന്ന് പറയണം നമ്മൾ പറയാറുണ്ടോ പീത്വാ കുടിച്ചിട്ട് ഭൂങ്ത്വ ഭക്ഷിച്ചിട്ട് ഗത്വ പോയിട്ട് പഠിത്വ പഠിച്ചിട്ട് അനു ത്വാന്തു പറയാം ത്വാന്തം പൂർവകാലക്രിയ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവണ് ഒരു പ്രവൃത്തി ചെയ്തിട്ട് വേറൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രയോഗിക്കുന്നത് ഭുക്ത്വ സുവിധി ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങും എന്നാണ് പറയാം പിന്നീട് ഉറങ്ങുന്നു അതിന് മുമ്പ് എന്ത് ചെയ്തു ഭക്ഷണം കഴിച്ചു അപ്പോൾ ഭുക്ത്വ എന്ന് പറയുന്നു പഠിത്വ പഠിച്ചിട്ട് അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തെക്തേന തെക്ത്വ എന്നല്ല ത്യാഗേന എന്നാണ് ത്യാഗത്തിലൂടെ എന്നാണ് ഭുഞ്ചീത അതിനർത്ഥം പറയും ആർത്ഥം നമ്മൾ വിശദീകരിക്കും ആ അർത്ഥ വിശദീകരണത്തിലേക്ക് നമ്മൾ കടന്നില്ല ഇപ്പോൾ തെക്കോ എന്ന് പറയുന്ന പദം വന്നതുകൊണ്ട് ഞാൻ സാന്ദർഭ്യമായി പറഞ്ഞതാണ് കാരണം ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഇത് ഭാഷ ഇത് വായിച്ചിട്ട് ചിലപ്പോൾ ചിലരെങ്കിലും പോയി മലയാളത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ എടുത്തു വായിച്ചു നോക്കും വായിച്ചു പിന്നെ പറയും സ്വാമി പറഞ്ഞു ഒന്നാണ് ഇതിലെഴുതിയിരിക്കുന്നത് വേറെയാണ് ഇത് ഏതാണ് ശരി ആശയക്കുഴപ്പം അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത് തെച്ചിട്ട് എന്നല്ല അർത്ഥം ത്യാഗേന ത്യാഗത്തിലൂടെ എന്നാണ് അർത്ഥം ആ രണ്ടർത്ഥവും പറയുന്നതിന് വ്യത്യാസമുണ്ട് അത് പറയുന്നതിനുള്ള വ്യത്യാസം ഇതാണ് ഒന്ന് തെക്തേന ഭുജിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛർദിച്ചിട്ട് ഭക്ഷിക്കുക എന്ന് അതും കുറച്ചുകൂടെ കടത്തി പറയേണ്ടതാണ് അത് സഭ്യമല്ല എന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ അങ്ങനെ ഒരു അർത്ഥമല്ല അവിടെ പറയുന്നു മറിച്ച് ത്യാഗത്തിലൂടെ ആത്മാവിനെ പരിപാലിക്കൂ എന്നാണ് ആത്മാവിനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആത്മാവിനെ നശിപ്പിക്കുന്ന ജീവനോട് കൃഷി പറയുകയാണ് നീ ത്യാഗത്തിലൂടെ ആത്മാവിനെ പരിപാലിക്കൂ എന്ന് പറയുകയാണ് അക്കാര്യം നമ്മൾ അടുത്ത ക്ലാസ് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യുന്നതാണ് അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ് ഈ ജഗത്ത് പരമാത്മാവാണ് തന്റെ യഥാർത്ഥ സ്വരൂപമായിരിക്കുന്ന പരമാത്മാവാണ് എന്നുള്ള ജ്ഞാനത്തിലൂടെ അനധ ബുദ്ധി അതിന് വിപരീതമായിരിക്കുന്ന എല്ലാ ബുദ്ധികളെയും തിരസ്കരിക്കണം എല്ലാ ജ്ഞാനത്തെയും തിരസ്കരിക്കണം എന്നുള്ള ഒരാശയമാണ് ഇവിടെ പറഞ്ഞത് പൂർണ പൂർണമായ പൂർണമേശിഷ്യതേ ഓ ശ